അഥ എദോധ്യയ വിശദർശനയോ അർജന ഉചനുഗ്രഹ പരമം ഗുഹ്യമ്യാത്മസിതം യോക്തം വച്ചസ്ത മോഹോയം വിഗതോ മമ ആരംഭത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കണോ അർജുന ഉവാച അർജുനൻ ഭഗവാന്റെ മുൻപിൽ തന്റെ സംശയത്തെ അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളതിനെ അവതരിപ്പിക്കുന്നു മത് അനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മം സംജിതം യത് ത്വയാ ഉക്തം വജഹ തേന മോഹ അയം വിഗതഹ മമ മത അനുഗ്രഹായെ അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് മത അനുഗ്രഹായ എന്നുള്ളതിന് ശങ്കരാചാര്യ സ്വാമികൾ ലോകാനുഗ്രഹായ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവത്ഗീതയെക്കുറിച്ച് ഭഗവത്ഗീത അതിനെ ഭഗവത്ഗീത എപ്രകാരം ലോകത്തെ അനുഗ്രഹിക്കുന്നു എന്ന കാര്യത്തിൽ ആചാര്യന്മാര് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ എടുത്ത് അവരുടെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട് അർജുനനെ അനുഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് എന്നാൽ ചില വിമർശകന്മാർ അർജുനനെ അനുഗ്രഹിക്കുന്നത് എങ്ങനെ ലോകാനുഗ്രഹമാകും എന്നൊക്കെ അവരുടെ കുതന്ത്രം കൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് പല വിമർശനാത്മകമായിട്ടുള്ള ഗീതാവ്യാഖ്യാനങ്ങളുണ്ട് ഗീതയെ അവഹേളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഉണ്ട് നല്ലതാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ വായിച്ചത് അതാണെന്ന് ഈ വ്യാഖ്യാനങ്ങളെക്കാളും വായിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ തുടക്കത്തിൽ അവഴിക്ക് പോണ്ട അവസാനം ബുദ്ധിമുട്ടാവും ഇത്രയുള്ളൂ കാര്യം വളരെ ലളിതമാണ് കാരണം വേണ്ടത്ര നമ്മുടെ എന്താ പറയുക ബുദ്ധി അല്ലെങ്കിൽ അത് വേണ്ടത്ര അറിയാനുള്ള ആഗ്രഹമില്ല എന്ന് പറയാം ആത്മാർത്ഥമായ അന്വേഷണമാണെങ്കിൽ ഒരു കാര്യം തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ പഴയതിന് ഉപേക്ഷിക്കണം ഇത് പഴയത് ഉപേക്ഷിക്കാതെ വെറും വിമർശനത്തിന് വേണ്ടി മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കില്ല ലോകത്തെ അനുഗ്രഹിക്കാൻ പോകുന്നതല്ല എന്ന് പറയാം ഇപ്പൊ അർജുനന് ഭഗവാൻ അർജുനന് അർജുനന് കിട്ടുന്ന അനുഗ്രഹം എങ്ങനെ ലോകത്തിൻ്റെ അനുഗ്രഹമാവും വളരെ കാര്യം വളരെ എളുപ്പമാണ് സ്വാമി ആ വഴിക്കൊന്നും പോകുന്നില്ല ചിന്മയാൻ സ്വാമികൾ തപോവനൻ സ്വാമികളുടെ കീഴിൽ ഉത്തരകാശിയിൽ ഗംഗോത്രിയിൽ പഠിക്കുന്ന സമയത്ത് തപോവനസ്വാമികൾ പറഞ്ഞു കൊടുക്കുന്ന രഹസ്യം ചിന്മയാനന്ദ സ്വാമികൾ കേൾക്കുമ്പം അതെങ്ങനെ ലോകത്തിന് അനുഗ്രഹമാകും എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തിൻ്റെ ഫലമല്ലേ നമ്മൾ സ്വാമി നിങ്ങളും കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും ഇവിടെ ഏതാൾക്ക് നിഷേധിക്കാൻ പറ്റും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് അപ്പുറത്ത് ചെയ്ത തപസ് തപസ് എന്ന് പറഞ്ഞാൽ ആ സാധന ആ സാധന എത്രയോ കാലങ്ങൾ ഇനിയും ഇതുപോലെ എത്രയോ സന്ധ്യകളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകളെ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലും വൈകുന്നേരം ആറര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്മയാ മിഷനിലെ ഏതെങ്കിലും ഒരു ബ്രഹ്മചാരിയോർ സന്യാസി ഈ ജ്ഞാന നടക്കുന്നുണ്ടാവും എവിടെയെങ്കിലും അപ്പോൾ ഒരാൾ ഒരാളുടെ അനുഗ്രഹത്തിനായി പറയുന്നത് എങ്ങനെ ലോകാനുഗ്രഹമാകും എന്ന് ചോദിച്ചാലോ ഇതിനൊക്കെ വലിയ യുക്തിയൊന്നും വേണ്ട മനസ്സിലാക്കാൻ അപ്പോൾ ലോക ഈ ഒരു ഈ ഒരു ഭാഗത്തെ എടുത്ത് വ്യാഖ്യാനിച്ചിരിക്കുക പേജുകൾ പേജുകൾ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഇവർ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് ചില സമയത്ത് ഇവരുടെ പാണ്ഡിത്യം എന്തിനുള്ളതാണാവും ഇങ്ങനെ ഈ ആളുകളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഉന്നത പദവികളിൽ അവർ വിരാജിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനത്തിൽ മുഴുവൻ ജനതയെയും അനുഗ്രഹിക്കാൻ പോകുന്ന കസേരകളിൽ ഇരുന്നവരാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് ലോകം അറിഞ്ഞ് ആളുകൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അർജുനന്റെ അനുഗ്രഹം ലോകത്തിൻ്റെ അനുഗ്രഹം ഒരിക്കലും ആകുന്നില്ല നമ്മുടെ ചോദ്യം ഇതാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭഗവാൻ അന്ന് അർജുനനെ നിമിത്തമാക്കി പറഞ്ഞുവെങ്കിൽ അർജുനൻ്റെ കർമ്മം അർജുനൻ്റെ നിസ്വാർത്ഥമായ കർമ്മം ആ ലോക അനുഗ്രഹം തന്നെയാണ് അതിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുന്നു അപ്പൊ ഭഗവത്ഗീത ലോകാനുഗ്രഹത്തിനാകുന്നത് ഇതിലെ ആശയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ശാന്തി ഉണ്ടാകുന്നുവെങ്കിൽ അത് തന്നെയാ ശാന്തി അല്ലേ ലോകത്തിന്റെ ശാന് ശാന്തി കേന്ദ്രീകൃതമായിരിക്കുന്നത് വ്യക്തിയിലാണ് അതുകൊണ്ട് മത അനുഗ്രഹമായ പറയുന്നു ഭഗവാനെ എന്നെ അനുഗ്രഹിക്കാനായി പരമം ഗുഹ്യം ഏറ്റവും ഗുഹ്യമാർന്ന രഹസ്യവും അതുപോലെ അധ്യാത്മസംഹിതം അധ്യാത്മവിഷയകമായ അധ്യാത്മവിഷയമായ യത് വചഹ യാതൊരു വാക്കാണോ അങ്ങയുടെ യാതൊരു വചസ്സാണോ ത്വയാ ഉക്തം അങ്ങയാൽ പറയപ്പെട്ടത് എന്നെ അനുഗ്രഹിക്കുന്നതിനായി രഹസ്യങ്ങളിൽ രഹസ്യവും അറിവിൻ്റെ അറിവിൽ ഏറ്റവും ഉയർന്ന അറിവുമായിട്ടുള്ള അധ്യാത്മ സംജിതമാർന്ന അധ്യാത്മവിദ്യയായിട്ടുള്ള യാതൊരു വാക്കാണോ അങ്ങയാൽ ഭഗവാനെ പറയപ്പെട്ടത് തേന അതുകൊണ്ട് ഏതുകൊണ്ട് അങ്ങയുടെ ആ കാരുണ്യം നിറഞ്ഞ വാക്കുകൊണ്ട് മമമോഹ അയം വികതഹ മമമോഹം എൻ്റെ അജ്ഞാനം എൻ്റെ അറിവില്ലായ്മ അയം വിഗതഹ ഇതാ പോയിരിക്കുന്നു അർജുനന് ഒരു ഉറപ്പ് വന്നു അങ്ങയുടെ വാക്കുകൾ എന്നിൽ പുതിയൊരു കാഴ്ചപ്പാട് പ്രദാനം ചെയ്തിട്ടുണ്ട് അങ്ങ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി എൻ്റെ അജ്ഞാനം നീങ്ങി എന്ന് അർജുനൻ പറയുന്നു തുടർന്ന് വീണ്ടും അർജുനൻ ഭഗവാനോട് തൻ്റെ എന്താ തന്റെ മനസ്സിനെ തുറന്നുവയ്ക്കുന്നു ഭപ്യയൗ ഹി ഭൂത ശ്രുത്വ വിസ്തരശോമയത്മ്യമ്യയം ഭവാപ്യയൗ ഹി ഭൂത ശ്രുതൗ വിരശ മയ മലപാക്ഷ മാഹാത്മ്യം അപ്പ ച അവ്യയം ഹേ കമലപത്രാക്ഷ അല്ലയോ താമര നേത്രത്തോടുകൂടിയിട്ടുള്ള ഭഗവാനെ കമലപത്രാക്ഷ ആദ്യത്തെ വിളിയാണ് അർജുനന്റെ നിസ്സംഗതയെ പ്രതിനിധാനം ചെയ്യുന്നു നമ്മൾ കണ്ടു താമര എത്രത്തോളം മഹനീയമാർന്ന സിമ്പലാണ് നമ്മുടെ ദർശനങ്ങളിലെന്ന് നിസ്സംഗതയെ ഒട്ടലില്ലായ്മയെ ലോകത്തിൽ ജീവിക്കുക എന്നാൽ ലോകത്തിൻ്റേതാകാതെ ലോകത്തിൻ്റെ യാതൊരു പാടുകളും വീഴ്ത്താതെ ഒരു പടി മുകളിൽ വിരാജിച്ചുകൊണ്ടുള്ള ജീവിതചര്യയെ കമലം അല്ലെങ്കിൽ താമര പ്രതിനിധാനം ചെയ്യുന്നു അങ്ങനെയുള്ള നേത്രങ്ങളോടുകൂടിയവനെ എന്ന് പറയുമ്പം അങ്ങയുടെ ദർശനങ്ങൾ ഒരു പ്രകാരത്തിലും ലോകത്തിലൊരു പാടുകളും വീഴ്ത്തുന്നില്ല എന്നാൽ എൻ്റേതെന്നും അവൻ്റേതൊന്നുമുള്ള ചിന്തയില്ലാതെ നോക്കാൻ കഴിവുള്ള അല്ലയോ ഭഗവാനെ തത്വ അങ്ങയിൽ നിന്ന് ഭൂതാനം ഭൂതാനം എന്ന് പറഞ്ഞാൽ സൃഷ്ടി വർഗങ്ങളുടെ എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം തന്നെ ഭവാപ്യയവും ഉദ്ഭവവും നാശവും അതിൻ്റെ ആവിർഭാവവും തിരോധാനവും വിസ്തരശ വിസ്തരിച്ച് മയാശ്രുതൗ എന്നാൽ കേൾക്കപ്പെട്ടതായി കേൾക്കപ്പെട്ടു അങ്ങയിൽ നിന്ന് ഞാൻ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ ഇല്ലാതെയാകുന്നുവോ ഈ രഹസ്യം അങ്ങയിൽ നിന്ന് ഞാൻ ബോധിച്ചു ഇനി എന്താണ് തേ അങ്ങയുടെ അവ്യയം മാഹാത്മ്യം അഭി ശ്രുതം അങ്ങയുടെ അവ്യയം എന്ന് പറഞ്ഞാൽ നാശരഹിതമായ മാഹാത്മ്യം അഭി മാഹാത്മ്യവും ശ്രുതം ഞാൻ കേൾക്കപ്പെട്ടതായി ഞാൻ കേട്ടു എന്ന് പറയാം എന്താ എന്താ എനിക്ക് വേണ്ടതിനി തുടരുന്നു അർജുനൻ േ പരമേശ്വര അല്ലയോ ലോകത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള ഹേ ഭഗവൻ ത്വം ആത്മാനം യഥാ അത്ത ത്വം ആത്മാനം അങ്ങ് ആത്മാനം ആത്മാവിനെക്കുറിച്ച് പ്രപഞ്ചത്തിൻ്റെ ആധാരത്തെക്കുറിച്ച് യഥാ അത്ത എപ്രകാരം പറഞ്ഞുകോ അന്ന് പറഞ്ഞാൽ പറഞ്ഞുവോ ഏതത് ഏവം ഇത് അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെ എന്തൊക്കെയാണോ ഭഗവൻ അങ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് ആത്മാവിനെ അതെല്ലാം തന്നെ സത്യമെന്ന് ഞാൻ കരുതുന്നു കരുതലല്ല അത് അങ്ങനെ തന്നെ ഹേ പുരുഷോത്തമ അല്ലയോ പുരുഷോത്തമ തേ ഐശ്വരം രൂപം ദ്രഷ്ടും അഹമിച്ചാമി അങ്ങയുടെ ഐശ്വരമാർന്ന ഐശ്വരം എന്ന് പറഞ്ഞ ഈശ്വര സംബന്ധിയായ രൂപം രൂപത്തെ ദ്രഷ്ടും കാണാൻ അഹം ഇച്ചാമി ഞാൻ ആഗ്രഹിക്കുന്നു ഇച്ചാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു അഹം അതിൻ്റെ ഉള്ളിലുണ്ട് ഇച്ചാമി ആഗ്രഹിക്കുന്നു ഇനി എനിക്ക് അങ്ങയുടെ ഐശ്വര്യമാർന്ന രൂപത്തെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇതുവരെ ഞാൻ കണ്ടത് എങ്ങനെയാണ് ഇതുവരെ ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അതിവിശേഷമാർന്ന ഒരു എന്താ പറയുക ഒരു കൊട്ടാരം വളരെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് ആ കൊട്ടാരത്തിൻ്റെ ആ കൊട്ടാരപ്പോൾ ഒരു ബംഗ് ഒരു നക്ഷത്ര ബംഗ്ലാവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ നക്ഷത്ര ബംഗ് ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ അത് വേറെ അപ്പം ഒരു കൊട്ടാരം അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കാണാനുണ്ട് നമ്മൾ ചെന്ന സമയത്ത് കൊട്ടാരം അടച്ചു അതിൻ്റെ പ്രവേശന സമയം കഴിഞ്ഞു വളരെ ദൂരത്തു നിന്നാണ് നമ്മൾ എത്തിച്ചേർന്നത് അങ്ങനെ ഇരിക്കുമ്പം ആ കൊട്ടാരത്തിന് ഒരു ദ്വാരമുണ്ട് ദ്വാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താക്കോലിൻ്റെ ഒരു പഴുതുണ്ട് എന്ന് ഇരിക്കട്ടെ ആ താക്കോൽ പഴുതിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കില്ലേ എന്തൊക്കെയുണ്ട് എന്നില്ലേ ഇനി കുറച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് അതാ അമ്മേ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറയുമ്പം കെട്ടെന്ന് മെനക്കെട്ട് നമ്മൾ വളരെ പ്രയാസപ്പെട്ട് നോക്കുകയാണ് പ്രയാസപ്പെട്ട് നോക്കുന്ന സമയത്ത് ഓരോന്ന് ഓരോന്ന് കാണും അവിടെ അവിടെ അവിടെ അവിടെ പക്ഷേ അത് ഇങ്ങോട്ട് തുറന്ന് കിട്ടിയിട്ടില്ല അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിലും ഉണ്ടാവില്ലേ ഓ ഇതൊന്ന് തുറന്നു കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഈ രണ്ട് ഡോറും മലർക്കെ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോണത് റെഡിയായിട്ടിരുന്നുള്ളൂ അപ്പൊ ഭഗവാൻ അങ്ങയുടെ രൂപത്തെ ഇതുവരെ ഞാൻ കണ്ടത് ഒരു താക്കോൽ പഴുതിലൂടെയാണ് ഈ താക്കോൽ പഴുതൊന്ന് മാറിയിട്ട് എനിക്ക് ആയിക്കൊണ്ട് ഇതൊന്ന് മലർക്കെ തുറന്ന് തന്നാലും ഉപനിഷത്തിലൊരു പ്രാർത്ഥനയുണ്ട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാ ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ സത്യധർമ്മനായിട്ടുള്ള എൻ്റെ ദൃഷ്ടിക്കായിക്കൊണ്ട് ഈ മൂടുപടത്തെ മാറ്റിയാലും ഞാൻ കാണട്ടെ എന്ന് പറയും ഈ താക്കോൽ പഴുതൊന്ന് എനിക്ക് ആയിക്കൊണ്ട് ഇതൊന്ന് മലർക്കെ തുറന്നു തന്നാലും ഉപനിഷത്തിലൊരു പ്രാർത്ഥനയുണ്ട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാ ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമ്മായ സത്യധർമ്മനായിട്ടുള്ള എൻ്റെ ദൃഷ്ടിക്കായിക്കൊണ്ട് ഈ മൂടു പടത്തെ ഞാൻ കാണട്ടെ എന്ന് പറയും അതുപോലെ ഗീതയിൽ അർജുനൻ പറയണു അങ്ങയുടെ ഐശ്വരം രൂപം ദ്രഷ്ടും ഇച്ചാമി ഐശ്വര്യമാർന്ന രൂപത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു മയസേ മതോ ദർശയാ മഞ്ഞസേ തത് ശ്യം മയാ ദ്രഷു ഹേ പ്രഭോ ഹേ യോഗേശ്വര തേ ദർശയാത്മാനം അവ്യയം അർജുനോടനെ താൻ പറഞ്ഞതൊരബമായോ എന്നൊരു തോന്നൽ എന്താണ് ആ അബദ്ധം അതായത് ഇതിലൊരു അധികാരം താൻ പ്രയോഗിച്ചുവോ താൻ അങ്ങയുടെ പൂർണ്ണമായ ഭാവത്തെ കാണാൻ യോഗ്യനാണ് സമർത്ഥനാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞോ അതുകൊണ്ട് ഭഗവാനെ ഹേ പ്രഭു തത് ദ്രഷ്ടും മയാശക്യം മന്യസേയതി അതിനെ അങ്ങയുടെ ആ പൂർണ്ണ ഭാവത്തെ തത് അതിനെ ദ്രഷ്ടും കാണാൻ യ എന്നാൽ ശക്യം മന്യസെ കഴിയും അതിനുള്ള കരുത്ത് ആരോഗ്യം എനിക്കുണ്ട് എന്ന് അങ്ങ് കരുതുന്നു എങ്കിൽ ഇതാണ് അത് നല്ലൊരു പ്രയോഗമല്ലേ ഈ ഒരു സമീപനമുണ്ടല്ലോ വളരെ നല്ലതാണ് നല്ലതാണ് ഏത് സംഗതി നേടിയെടുക്കാനും അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് പഠിക്കണമെന്നറിയോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പോലും വിശ്വരൂപത്തിലെ ചില അർജുനന്റെ ആവശ്യപ്പെടൽ നമുക്ക് നിങ്ങളൊന്ന് പരിശീലിച്ചു നോക്കൂ ഭർത്താവ് ഭാര്യയോട് പറയണോ നോക്കൂ നീ ഒരു ചൂട് ചായ തന്നാൽ ഞാൻ കുടിക്കാം എന്നൊന്ന് പറഞ്ഞു നോക്കും നീ ഒരു ചൂട് ചായ ഉണ്ടാക്കി തന്നാൽ എനിക്ക് സന്തോഷമായിരിക്കും ഞാൻ എനിക്ക് കുടിക്കാൻ പറ്റും തോന്നുന്നുണ്ട് ഇതുവരെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത്ര നേരമായി ഞാൻ വന്നിട്ട് നിനക്കൊരു ചായ ഉണ്ടാക്കി തരാൻ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ എന്നല്ലേ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമീപനവും കൂടെ ഒന്ന് പരിശീലിക്കാവുന്നതാണ് നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ അവിടെ പോകാം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിന്നൊരു സിനിമയ്ക്ക് പോവാം ഏതിനും ഈ ഒരു അർജുനൻ്റെ ഈ ഒരു സമീപനമുണ്ടല്ലോ ഞാൻ അതിന് പ്രാപ്തനാണ് ആദ്യം പറഞ്ഞു പിന്നെ ഉടനെ പറയണു ഞാനതിന് പ്രാപ്തനാണ് എങ്കിൽ എങ്കിൽ മാത്രം ഈ കോടതിയില് ജഡ്ജ് ഒരു പ്രായമായിട്ടുള്ള കുറച്ച് സ്ഥിരം കുറ്റവാളിയാണ് അപ്പൊ എന്തോ വലിയ കുറ്റമൊക്കെ ചെയ്തിട്ട് അവസാനം പത്തൊൻപത് വയസ്സായിട്ടുണ്ട് അദ്ദേഹം വിധിച്ചു വലിയ കുറ്റാ ചെയ്ത് മരണം വരെ മരണം വരെ എന്ന് പറഞ്ഞാൽ ഒരു എത്രയ ഇരുപത്തഞ്ച് കൊല്ലമോ അങ്ങനെ എന്തോ വിധിച്ചു എന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് എന്താ ബോധിപ്പിക്കാൻ എന്താ ഒരു കണ്ണു ചോരല്ലാത്ത വിധിയാണെന്ന് പറയാം കാരണം സാറേ എൺപത് വയസ്സ് കഴിഞ്ഞു ഇനി ഇത്ര വയസ്സ് ഇതൊരു ഇത്ര വർഷം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ജഡ്ജി പറയാം ശ്രമിച്ചു നോക്കൂ കഴിയുന്നത്ര മതി എന്ന് പറയാം ശ്രമിക്കൂ കഴിയുന്നത്ര അപ്പൊ ഞാനിതിന് ശക്തനാണോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കുക ഹേ യോഗേശ്വര അല്ലയോ ഭഗവാനേ തഥ ഇനി ത്വം അങ് അവ്യയം ആത്മാനം മേ ദർശയ അവ്യയം വ്യയമില്ലാത്ത അച്യുതം ച്യുതിരഹിതമായിട്ടുള്ള ആത്മാനം ആത്മാവിനെ ആത്മരൂപത്തെ മേ ദർശയ എനിക്ക് കാട്ടിത്തന്നാൽ അങ്ങെനിക്ക് അങ് എൻ്റെ ഗുരുവാണ് അങ് എനിക്കിത് കാണിച്ചു തരണം എന്ന് പറയുക ഇതിൻ്റെ ആ ഒരു വിനയാന്യുതമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം അല്ലാതെ ഗുരുവിനോട് ചോദിക്കുകയല്ല ഗുരു അങ്ങേക്ക് മോക്ഷം കിട്ടിയോ ഇതൊക്കെയാണല്ലോ നമ്മൾ പോയിട്ട് അന്വേഷിക്കുക ഒരിക്കലും ശിഷ്യൻ ചോദിച്ചു ഗുരു അങ്ങ് മരണാനെന്തരം എങ്ങോട്ടാ പോവുക ഗുരു പറഞ്ഞു ഞാൻ നരകത്ത് പോവും അതെന്തിനാത് നിന്നെയൊക്കെ പഠിപ്പിക്കണമല്ലോ അതിനുവേണ്ടിയിട്ട് കാരണം ഗുരുവിന്റെ സാന്നിധ്യം സ്വർഗത്തേക്കാൾ നരകത്തിലാണ് ആവശ്യം എന്ന് പറയാം കാരണം അവിടെയാണ് പഠിപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ അർജുനന്റെ സമീപനം തികച്ചും വ്യത്യസ്തമാണ് അർജുനന്റെ സമീപനമൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ജീവിതത്തെ പാടെ മാറ്റിമറിക്കാൻ പോകുന്നതാ തമാശ പറയല്ല നിങ്ങളൊന്ന് എവിടെ എന്തായിരിക്കും അവസാനം ഈ ഈ ഡൈവേഴ്സിലേക്കൊക്കെ എത്തിക്കുന്നത് ഇങ്ങനെ നിസാര കാരണങ്ങളാണോ നമ്മുടെ ആ സമീപനത്തിന്റെ രീതി ഇന്ന് എന്താണ് ഇന്ന് ഒരു വർഷമൊക്കെ ദാമ്പത്യം മുന്നോട്ട് പോയത് തന്നെ വലിയ അത്ഭുതാണ് അതുകൊണ്ടാണ് ഒന്നാം മാർച്ചയൊക്കെ വളരെ ഗംഭീരായിട്ട് ആഘോഷിക്കുന്നത് ഘോഷിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെറിയ ചെറിയ ധാരണാ പിശകുകൾ ചെറിയ ചെറിയ നമ്മുടെ തന്നെ അറിയില്ലണ്ട് കുറെ വെറുതെ അനാവശ്യമായിട്ടുള്ള ഓരോരോ ഇങ്ങനെ തൊട്ടതും പിടിച്ചതിന്റെയൊക്കെ കാര്യങ്ങളാ ഒരു ഒന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് എന്ത് രസമാണ് ഈ ജീവിതം അല്ലെ നല്ല ആനന്ദപ്രദമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഗീത നമ്മളെ അനുഗ്രഹിക്കണം ഇത്തരത്തിൽ അത് ഈ അർജുനൻ്റെ ഒരു സമീപനത്തെ വിശ്വരൂപ ദർശനത്തെ കാണാനുള്ളതാണെങ്കിലും നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ഇതിനെ എന്താ പരിശീലിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കൂ അടുത്ത രണ്ട് ശ്ലോകങ്ങളിലൂടെ ആ അടുത്ത ഭഗവാൻ ഇത്രയും കേട്ട് ഭഗവാൻ അർജുനന് ആദ്യം തന്നെ ഒരു ടെസ്റ്റ് ഡോസ് അവതരിപ്പിക്കുക രണ്ട് ശ്ലോകങ്ങളിൽ श्री भगवाच पश्यूपा शतशोथसहस्रश नाध दिव्यार्णा पशादि वसून रुद्रा अश्विनौ मत बहु पूर्वानी उवाच ൃഷ്ട്രീ ഭഗവാൻ ഉർജുനന് മറുപടി കൊടുക്കുന്നു പശ്യ മേ ഹേ പാർത്ഥ ൂണി ശതശ അധ സഹസ്രശ നാവിധി ദിവ്യവർണാതീനി പശ്യ ആദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുത തഥാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യ ആശ്ചര്യാണി ഹേ ഭാരത ഹേ പാർത്ഥ അല്ലയോ അർജുന നാനാവിധാനി നാനാവർണാകൃതീനിച്ച് നാനാവിധാനി പല വിധത്തിലുള്ള കാരണം സംസ്കൃതവും മലയാളവും ഒരുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ നാനാവിധാനി നമ്മളും പറയാറുള്ളതല്ലേ പക്ഷെ നമ്മൾ പറയാങ്ങേ അതൊക്കെ നാനാവിതാക്കി ഇല്ലേ നാനാവിധം നാനാവിധാനി നാനാവർണാകൃതിനി പല നിറവും പല ആകൃതിയും ഉള്ള മേ ശതശ എന്റെ നൂറുകണക്കിന് നൂറ് എന്ന് പറഞ്ഞ കൃത്യം നൂറല്ല അനന്തതയെ പ്രതിനിധാനം ചെയ്യുന്നു നമ്മുടെ ശാസ്ത്രങ്ങളില് സഹസ്രം ശതശം എന്നൊക്കെ പറഞ്ഞാൽ നൂറും ആയിരവും ഒക്കെ അനന്തതയെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദമാണ് അപ്പം ശതശ നൂറ് കണക്കിന് അത പോരാ ഭഗവാൻ ഉടനെ തിരുത്തി കൊടുത്തു അർജുനനെ കൗണ്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് സഹസ്രശഹ ആയിരക്കണക്കിനുള്ള ദിവ്യാനി രൂപാണി ദിവ്യങ്ങളായിട്ടുള്ള രൂപാണി രൂപങ്ങളെ പശ്യ കണ്ടാലും അല്ലയോ അർജുന എൻ്റെ പല നിറത്തിലും പല ആകൃതിയിലുമുള്ള അനേകം രൂപങ്ങളെ അനേകം എങ്ങനെയുള്ള രൂപങ്ങളെ ദിവ്യങ്ങളായിട്ടുള്ള രൂപങ്ങളെ അല്ലയോ അർജുന കണ്ടുകൊള്ളൂ ആരൊക്കെയാണ് ആദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ ആദിത്യാൻ ദ്വാദശ ആദിത്യന്മാരെക്കുറിച്ച് മുൻപ് പറഞ്ഞു വസൂൻ അഷ്ടവസുക്കളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ രുദ്രാൻ ഏകാദശ രുദ്രന്മാരെക്കുറിച്ചും പറഞ്ഞു അശ്വിനൗ അശ്വിനി ദേവന്മാർ രണ്ട് അശ്വിനി ദേവന്മാര് മരുതഹ മരുത്തുക്കൾ ഇതിനെയൊക്കെ ത്വം പശ്യ കണ്ടാലും എങ്ങനെ കാണാനാണ് പറഞ്ഞത് ഒരുമിച്ച് കണ്ടുകൊള്ളാനാണ് പറയണത് തഥാ അതുപോലെ തന്നെ അദൃഷ്ടപൂർവാണി നീ എന്തൊക്കെയാണോ മുൻപ് കാണാത്തത് അദൃഷ്ടങ്ങളായിട്ടുള്ള മുൻപ് കാണാതിരുന്നിട്ടുള്ള ബഹൂനി ആശ്ചര്യാണി പശിയ ബഹൂനി ബഹവ അനേകം ആശ്ചര്യാണി ആശ്ചര്യങ്ങളെ പശ്യ കണ്ടാലും ഇപ്പൊ ഭഗവാൻ കാണുന്നതിന് മുൻപ് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്ന് പറയാം ചില സ്ഥലങ്ങളിലേക്കൊക്കെ കാണാൻ പോകുന്നതിന് മുൻപായിട്ട് ഗൈഡ് നമ്മളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ക്ലാസ് തരും എന്തൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതുപോലെ ഭഗവാൻ തന്നെ അർജുനന് ആദ്യൊരു ലഘുവിവരണം നൽകുകയാണ് എന്തൊക്കെയാണ് നീ കാണാൻ പോകുന്നത് തുടർന്ന് ഇഹ ഏകസ്തം ജഗത്കൃം പശ്യ അതി സചരം മമ ദേഹേ ഗുടാകേശ യത് ച അന്യത് ദ്രും ഇച്ഛസി ഹേ ഗുഡാകേശ അല്ലയോ നിദ്രയെ ജയിച്ചിട്ടുള്ള അജ്ഞാനത്തെ ജയിച്ച അർജുന സ ചരാചരം ചരാചരങ്ങളോടുകൂടിയിട്ടുള്ള ഇളകുന്ന സ്ഥാവര ജംഗമ ജംഗമങ്ങളായിട്ടുള്ള കൃഷ്ണം പൂർണ്ണമായി മുഴുവനുമായിട്ടുള്ള ജഗത് ച ജഗത്തിനെയും ദ്രഷ്ടും ഇച്ഛസി വേറെ യാതൊന്നിനെ കാണാൻ നീ ആഗ്രഹിക്കുന്നുവോ ഇച്ചസി എന്ന് പറഞ്ഞ ആഗ്രഹിക്കുന്നുവോ തത് അതിനെയും മമദേഹെ ഏകസ്വം ത്വം പശിയ മമദേഹെ എന്റെ ശരീരത്തിൽ തന്നെ ഏകസ്തം ഒന്നിച്ചിരിക്കുന്നതായി പശ്യ നീ കണ്ടുകൊള്ളൂ ഒരുമിച്ചിരിക്കുന്നത് ഇതുവരെ അർജുനൻ അത് എന്താ അങ്ങനെ കണ്ടിട്ടില്ല അതായത് ഒരാളെ നോക്കുന്ന സമയത്ത് വിശ്വം മുഴുവൻ കാണാൻ പോവാണ് ഇതാണ് കുട്ടിയായിട്ടിരിക്കുമ്പോ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത് ഈ വിശ്വരൂപവും ഭാഗവതവും വളരെ ബന്ധപ്പെട്ടിരിക്കണം ഒരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു സമാധാനം കിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സംശയങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും അതുകൊണ്ടിതാ നീ കാണാൻ പോകുന്നു എന്താ നീ കാണാൻ പോകുന്നത് ഈ എന്തൊക്കെയാണോ നീ മുൻപ് കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണോ നീ കാണാത്തത് ഇതെല്ലാം കൂടെ നീ കാണും എവിടെ കാണും മമദേഹെ ഏകസ്തം പശ്യ എന്റെ ദേഹത്തിൽ ഇതുവരെ എന്റെ ദേഹത്തെ നീ എങ്ങനെയാ കണ്ടത് ഒരു സാമാന്യദേഹമായിട്ട് അത് മറ്റ് ശരീരങ്ങളെ പോലെ തന്നെയാണ് നീ കണ്ടത് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചിരിക്കുന്നതായിട്ട് നീ കണ്ടിട്ടില്ല നിന്നെ ഇതാ എന്നിൽ ഇതെല്ലാം കൂടെ കാണാൻ നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ് വരൂ കണ്ടൂ എന്ന് പറയാം ദിവ്യം ചുഹു പശ്യമേ യോഗ അനേന സ്വചക്ഷുഷ ഏവ ഈ സ്വന്തം കണ്ണുകൊണ്ട് മാത്രം നിന്റെ ഈ നഗ്ന നേത്രങ്ങളുണ്ടല്ലോ മാംസത്തോടുകൂടിയിട്ടുള്ള ഈ നേത്രങ്ങൾ അതിനെയാണിവിടെ അനേന സ്വചക്ഷുഷ ഈ സ്വന്തം കണ്ണുകൊണ്ട് ഏവാ മാത്രം മാം ദ്രഷ്ടും തു മാം എന്നെ എന്നെ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ ദ്രഷ്ടും തൂ കാണാനാകട്ടെ ന ശക്യസേ നീ ശക്തനല്ല നിനക്ക് നിൻ്റെ ഈ നേത്രങ്ങളെ കൊണ്ട് എന്നെ കാണുക എന്നത് സാധ്യമല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ദിവ്യം ചുഹു തേ ദാമി നിനക്ക് ഞാൻ ദിവ്യമാർന്ന നേത്രങ്ങളെ പ്രദാനം ചെയ്യാം ആദ്യത്തെ ഐ ഓപ്പറേഷൻ നടക്കുന്നതാണ് ഐ ട്രാൻസ്പ്ലാന്റേഷൻ പറിച്ചു നടലാണ് ഭഗവാൻ എങ്ങനെയുള്ള കണ്ണാണ് ദിവ്യം ദദാമി ദിവ്യമാർന്ന ചക്ഷുഹു തേ ദദാമി ഞാൻ നിനക്കായിട്ട് പ്രദാനം ചെയ്യാം എന്തുവേണം ഈ കണ്ണുകൊണ്ട് നീ മേ ഐശ്വരം യോഗം പശ്യ എൻ്റെ ഐശ്വര്യമാർന്ന യോഗത്തെ നീ കണ്ടാലും ഐശ്വര്യമാർന്ന യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ സമ്പൽ സമൃദ്ധമായി ചേർന്ന് നിൽക്കുന്നത് ഈ വിശ്വത്തിൽ അത് കാണാൻ നിനക്കെന്തു വേണം ഈ നേത്രങ്ങൾ പോരാ അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യമാർന്ന നേത്രങ്ങൾ പ്രദാനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെയൊരു നേത്രം പ്രദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം അവിടെ അങ്ങോട്ട് കഥ എന്താ പറയുക അവിടെ തൽക്കാലത്തേക്ക് ക്യാമറ കട്ട് ചെയ്തിട്ട് വേറൊരു ദൃശ്യത്തെ നമുക്ക് കാണിച്ചു തരികയാണ് ഹസ്തനപുരിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വ്യാസഭഗവാൻ ക്ഷണിക്കുന്നു നോക്കാം മഹായോഗർശയാർവരം സഞ്ജയനിലൂടെയാണ് ഇനി സഞ്ജയൻ സഞ്ജയനിലൂടെ കാര്യത്തെ അവതരിപ്പിക്കുന്നു സഞ്ജയൻ പറയുന്നു ആരോട് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് കഥ മറന്നു പോകരുതല്ലോ ആരാണ് ആരംഭിച്ചത് എന്ന് ധൃതരാഷ്ട്രം ചോദിച്ചതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്നും അതിനുത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇതാ ഇവിടെ എത്തിയപ്പം സഞ്ജയനൊന്നുമല്ല നമ്മൾ എന്താ ഈ ഒരു ഈ ഒരാളെ മറന്നു പോകാൻ പാടില്ലല്ലോ ആളവിടെ സജീവ സാന്നിധ്യം ഉണ്ട് എന്ന് വ്യാസഭഗവാൻ അറിയിക്കുകയാണ് ഗീത തുടർന്ന് കേൾക്കുന്ന ഒരാൾ സഞ്ജയനെ മറക്കാൻ പാടില്ല സഞ്ജയൻ പറയുന്നു ഏവം ഉക്വാ തഥ രാജൻ राजन രാജൻ മഹായോഗേശ്വര ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപം ഐശ്വരം ഹേ हे राजन രാജൻ राजावे രാജാവേ ധൃതരാഷ്ട്രമെ വിളിക്കണം राजावे രാജാവേ മഹായോഗേശ്വര മഹായോഗേശ്വരനായിട്ടുള്ള യോഗങ്ങളുടെ മുഴുവൻ നാഥനായ എല്ലാ ചേർച്ചകൾക്കും എല്ലാ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതാണ് ആ ചേരുന്നവനാണ് നമ്മൾ ഈ സയൻസിൽ നമ്മുടെ സയൻസിന്റെ അന്വേഷണം എന്താണ് എങ്ങനെയാണ് ഓരോന്നും ഇങ്ങനെ ആയി തീർന്നിരിക്കുന്നത് അത് ചേർന്നത് എങ്ങനെയാണ് അവർക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല അതിൻ്റെ പേരാണ് മഹായോഗേശ്വരൻ ആരാണത് ഹരിഹി എല്ലാറ്റിനെയും ഹരിക്കുന്നവൻ ആ മഹായോഗേശ്വരനായിട്ടുള്ള ഹരി ഏവം ഉക്വാ ഇപ്രകാരം പറഞ്ഞിട്ട് ഇതൊക്കെ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഇപ്രകാരം പറഞ്ഞിട്ട് തഥ പരമം ഐശ്വരം തഥ അനന്തരം പരമം ഐശ്വരം പരമമായ ഈശ്വരൻ്റേതായിട്ടുള്ള രൂപം രൂപത്തെ പാർത്ഥായ അർജുനനായിക്കൊണ്ട് ദർശയാമാസ കാണിച്ചു കൊടുത്തു അപ്പൊ ഭഗവാൻ ഈ സഞ്ജയന്റെ വലിയൊരു ദൗത്യം ഇതാണ് ധൃതരാഷ്ട്രർക്ക് ഈ ഒരു സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുക ഇതാ ഭഗവാന്റെ ആ ഐശ്വര്യമാർന്ന രൂപത്തെ കാണിച്ചു കൊടുത്തു ഈ സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രനും ഈ ഒരു ദർശനം കിട്ടുന്നുണ്ട് ഇതൊരു വലിയൊരു ഒരു നമ്മൾ ഗീത പഠിക്കുമ്പോ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതുപോലെ സഞ്ജയനെ പോലെ ആരുടെയെങ്കിലും അജ്ഞാനത്തെ തീർക്കാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ഇത് നമ്മൾ നമ്മുടെ കഴിവൊക്കെ പറയാൻ എന്താണെന്നറിയോ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആളുകള് അവരുടെ കഴിവ് പറയുക വല്ലവരെയും എന്താ പറയുക തട്ടിപ്പാക്കിയതും ഇത്യാദികളെയൊക്കെയാണ് നമ്മള് കേട്ടിട്ടുണ്ട് ഒരാള് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അയാള് എന്താ എടുക്കാത്ത കാശു കൊടുത്തിട്ട് പത്രം മേടിച്ചു എങ്ങനെയാണ് മേടിക്കുന്നതെന്ന് അറിയോ അയാൾ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുക ട്രെയിൻ പോ പോകുന്ന ചെറിയ മൂമെന്റിൽ പോയിട്ട് എടു കയറി മുറിഞ്ഞ നോട്ടാണ് അത് കൊടുത്തിട്ട് വേഗം ഒരു പത്രവും മേടിച്ച് ഇരുന്നിട്ട് പറയുക അപ്പോൾ ഭാര്യ പേടിച്ചു പോയി ഈ സമയത്ത് നിങ്ങൾ പോയിട്ട് പത്രം മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇത്ര നേരം ഇവിടെ നിർ അത് എടുക്കാത്ത നോട്ടുണ്ടായിരുന്നു അത് കൊടുത്ത് മേടിച്ചതാണ് തുറന്ന് നോക്കുമ്പോഴോ രണ്ടു ദിവസം മുമ്പുള്ള പത്ര അതെ ഇങ്ങനെയുണ്ട് അവർ വിചാരിച്ചു ഞാൻ നേടിയെന്ന് ഇല്ല നേടുന്നില്ല എന്ന് പറയും ഞാൻ കേമൻ അങ്ങനെയൊക്കെ നടക്കും അങ്ങനെ നമ്മുടെ കഴിവിനെ ദർശയാ മാസ പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇതുപോലെ ഒരു രണ്ട് ഒരു ഒരു കുട്ടി ചെറിയ കുട്ടിയും ഒരു ആളും കൂടെ അച്ഛനും മകനും ബാർബർ ഷോപ്പിൽ ചെന്നു ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുടി വെട്ടാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മുടിയൊക്കെ നന്നായി മുടിയും വെട്ടി ശൈവം ഒക്കെ ചെയ്തു പിന്നെ ഈ കുട്ടിയെ കുട്ടിയോട് ഇവനെ ഇരുത്തിയിട്ട് പറഞ്ഞു നന്നായിട്ട് വെട്ടിക്കൊടുക്കാൻ പറഞ്ഞു നന്നായി വെട്ടിക്കൊള്ളൂന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനൊന്നു ചായ കുടിച്ചു വരാം അപ്പോഴേക്കും ഇത് തീർക്കാൻ പറഞ്ഞു ആള് വെട്ടിക്കഴിഞ്ഞു ഈ കുട്ടി ഒരു മണിക്കൂറോളം ഈ ബാർബറ് കാത്തു നിൽക്കുക അപ്പൊ ബാർബർ പിന്നെ ഇവൻ ഈ മാഗസീനൊക്കെ കിട്ടിയത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ബാർബർ ചോദിച്ചു മോനെ നിന്റെ അച്ഛനോ അച്ഛനോ പിന്നെ അതാര അതെന്റെ അച്ഛനൊന്നും അല്ല അതൊരു അങ്കിള് എന്നോട് ചോദിച്ചു ഫ്രീ ആയിട്ട് മുടിപ്പെട്ടണമെന്നും ഞാനാന്നും പറഞ്ഞിങ്ങോട്ട് പോകുന്നു നമ്മുടെ കഴിവ് നമ്മൾ പറയുകയാണ് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ടുവന്നും രണ്ടുപേർക്കും ഫ്രീ ഇങ്ങനെ ആരെങ്കിലും പറ്റിച്ചതും ആ ഇതൊക്കെയാണ് നമ്മൾ എന്താ വലിയ കാര്യമായിട്ട് ദർശയാമാസം പറഞ്ഞു കൊടുക്കാറ് മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു സഞ്ജയന്റെ ദൗത്യമുണ്ട് എന്താണ് അജ്ഞാനത്തെ നീക്കാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ സഹചര്ക്ക് പറഞ്ഞു കൊടുക്കണം അതിനെന്തു വേണം താ തനിക്ക് എന്തെങ്കിലും താൻ എന്തെങ്കിലും നേടണം അതുകൊണ്ട് അത് സഞ്ജയൻ എന്ന് പറയുന്നത് തന്നെ എന്താ യഹ വിശിഷ്യത ശാസ്ത്രാദിപരിജ്ഞാനേന ബഹിർമുഖതാം ഉപേക്ഷ്യ സഞ്ജയ ആരാണോ ശാസ്ത്രാദിപരിജ്ഞാനേന ശാസ്ത്രത്തിൽ നിന്നുള്ള അറിവുകൊണ്ട് ബഹിർമുഖതാം ഉപേക്ഷ ബാഹ്യമായതിൽ ഞാനെന്നും എൻ്റെ എന്ന ബുദ്ധി ഉപേക്ഷിച്ചിട്ടുള്ളത് അവനാണ് സഞ്ജയൻ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവന് ഒരാളെ സഹായിക്കാൻ പറ്റുമെന്ന് പറയും അല്ലാതെ ഇങ്ങനെ ബാർബർമാർക്ക് ഉപദ്രവം ഉണ്ടാക്കലല്ല സഞ്ജയൻ പറയുന്നു എന്താ സഞ്ജയൻ പറയുന്നത് സഞ്ജയനിലൂടെ നമ്മൾ കാണുന്നത് സഞ്ജയൻ ഭഗവാൻ ആ രൂപത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറയാ തുടർന്ന് അനേകനം അനേക ദർശനം അനേക വക്രം നയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യ ദിവ്യ അനേക ദിവ്യ അനേക പറയുന്നു അനേക വക്ര നയനം സഞ്ജ സഞ്ജയനിലൂടെയാണ് നാം വിശ്വരൂപത്തെ കാണുന്നത് എന്ന് പറയാം അനേ അനേക വക്തനയനം അനവധി മുഖം അനവദി കണ്ണ് ഇതോട് കൂടിയിട്ടുള്ളതും അനേകാത്ഭുത ദർശനം അനേകം അത്ഭുത കാഴ്ചകൾ ഉളവാക്കുന്നതും അനേക ദിവ്യാഭരണം അനേക ദിവ്യാഭരണം അനേകം അസംഖ്യം ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങളോട് കൂടിയിട്ടുള്ളതും ദിവ്യാനേകോദ്യതായുധം ദിവ്യമായ അതായത് എണ്ണാൻ പറ്റാത്ത അത്ര ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളോട് കൂടിയിരിക്കുന്നതും ഇനി വിവരണമാണ് അതായത് ഒരു നമുക്ക് നോക്കാം മുൻപിലേക്ക് പോയിട്ട് ഇതിനെ എല്ലാം കൂടെ ഒന്ന് സംഗ്രഹിക്കാം സഞ്ജയനിലൂടെയാണ് നാം വിശ്വരൂപത്തെ കാണുന്നത് എന്ന് പറയാം അനേ അനേക വക്ത്രനയനം അനവധി മുഖം അനവധി കണ്ണ് ഇതോട് കൂടിയിട്ടുള്ളതും അനേകാത്ഭുത ദർശനം അനേകം അത്ഭുത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 നമുക്ക് നോക്കാം മുൻപിലേക്ക് പോയിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് സംഗ്രഹിക്കാം ഇത് തുടർന്നിങ്ങനെ പോവുകയാണ് ശ്ലോകങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ദിവ്യമാലയാഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യം മയം ദേവം അനന്തം വിശ്വതോമുഖം ദിവ്യമാല്യാംബരധരം ദിവ്യങ്ങളായിട്ടുള്ള മാലകള് ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ദിവ്യഗന്ധാനുലേപനം ദിവ്യങ്ങളായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ സർവാശ്ചര്യമയം എല്ലാം തന്നെ സർവവും ആശ്ചര്യമാർന്നിട്ടുള്ളതും വം അങ്ങനെ പ്രകാശിക്കുന്നതായിട്ടുള്ള അനന്തം അവസാനമില്ലാത്തതായിട്ടുള്ള വിശ്വതോ മുഖം സർവതോമുഖനായിട്ടുള്ള സർവത്ര മുഖങ്ങളുള്ളവനായിട്ടുള്ള എന്ന് പറയാം അത് ഒരു അത്ഭുതമായിട്ടുള്ളൊരു അതായത് എന്താ എന്തൊക്കെ ഇവിടെ എന്തൊക്കെയാണോ ആശ്ചര്യങ്ങളായിട്ടുള്ള ആശ്ചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ ദിവ്യങ്ങളായിട്ടുള്ള മാലകൾ ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ ദിവ്യങ്ങളായിട്ടുള്ള ഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും എസൻസായി നിൽക്കുന്നത് അർജുനൻ എങ്ങനെ കാണുന്നു അനുഭവിക്കുന്നു ഗന്ധങ്ങൾ കാണുകല്ലോ അനുഭവിക്കുകയാണ് വലിയൊരു ആശ്ചര്യമാർന്ന ഒരു ഒരു സംഭവമാണ് ഉണ്ടാവുന്നത് നമുക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉടനെ ഫോട്ടോ എടുക്കാമെന്ന് തോന്നുന്നത് അല്ലേ എവിടെ ക്യാമറ നോക്കും അങ്ങനെ ഒരാൾ തേക്കടിയിൽ പോയ സമയത്ത് അവർ ബോട്ടിൽ തോണിയിൽ പോവുക അപ്പോൾ അവർക്ക് തോന്നി ഈ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന പോലെ തോണിയിൽ രണ്ടുപേരും കൂടെ പോയിട്ട് കരയിൽ കരയിറങ്ങി കുറച്ച് നടക്കാൻ തോന്നി അങ്ങനെ അവർ രണ്ടുപേരാണ് ഭാര്യയും ഭർത്താവും നടക്കുന്ന സമയത്തൊരു കൊമ്പൻ കൊമ്പനാന ഒറ്റയാന എന്ന് പറയുന്നത് അതിങ്ങോട്ട് വന്നു വന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മുൻ ഈ കാടിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അതിൻ്റെ മുൻപിലാണ് പെട്ടത് ആ സമയത്ത് ഈ അമ്മയെ ഈ സ്ത്രീയെ ആന ഇങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് പൊക്കി അവിടെ വാടനുണ്ടായിരുന്നു അയാള് പറഞ്ഞു ഷൂട്ടെന്ന് അപ്പൊ ഇയാള് പറയാ ഫിലിയും തീർന്നു ദിവ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ദിവ്യമായിട്ടുള്ള ഈ കാഴ്ചയില് ഷൂട്ടായിരിക്കും നമുക്ക് നമ്മൾ ഉടനെ നമുക്ക് എന്താണെന്നറിയാം ഈ ഫോട്ടോയില് ശിവശി വരച്ചു വെച്ചിട്ടുണ്ട് വിശ്വരൂപ ദർശനം അത് നിങ്ങൾ മറക്കണേ ഈ ശ്ലോക ഈ അധ്യായത്തില് അത് എന്താ സ്വാമി അത് അപ്പൊ മോശമാണ് അങ്ങനെയല്ല അത് നമ്മളത് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആ ഒരു പിക്ചർ ഉള്ളില് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് വികസിക്കാൻ പറ്റില്ല പരിമിതമായി പോവും വിശ്വരൂപം ആ ഒരു കലണ്ടറിനകത്ത് നിൽക്കും എന്താ നിങ്ങൾ ആ കലണ്ടറിനകത്ത് കണ്ടിട്ടുള്ള ഒരു ഒരു ഒരു എന്താ പറയാ തീ തുപ്പണ ഒരു രൂപമുണ്ട് അതുണ്ട് ഇതുണ്ട് ഇങ്ങനെ കുറെ തലകളൊക്കെ ഉണ്ട് കുറെ ആഭരണങ്ങൾ അവരുടെ ഇതും എല്ലാം ആയിട്ട് ഭഗവാന്റെ വിശ്വരൂപം അത് അതേ ഒരു ചിത്രകാരൻ ഒരു ശ്രമം നടത്തിയതാ ഇവിടെ നമ്മൾ അത്തരത്തിലൊരു ചിന്തയിലേക്ക് വിഴരുത് ഉം കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വിശ്വരൂപം പല പ്രകാരത്തിലാണ് നിങ്ങളിത് ചർച്ചയും ചെയ്യേണ്ട നിന്റെ വിശ്വരൂപം എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ മാല ഉണ്ടായിരുന്നു ഇല്ല എനിക്ക് പതിനൊന്ന് ഉണ്ടായിരുന്നു എൻ്റെത് ഇങ്ങനെ ചകന്നിട്ടാണ് ഏ നീലയായിരുന്നു എന്നാ നീ കണ്ടത് ശരിയല്ല ഞാൻ കണ്ടതാണ് ശരി വിശ്വരൂപം ചർച്ച ചെയ്യാനുള്ളതല്ല അതുകൊണ്ട് ആദ്യം പറഞ്ഞ തോർക്ക് ദിവ്യം ദദാമി തേ ചക്ഷുഹു നിനക്ക് ഞാൻ ദിവ്യമാർന്ന നേത്രങ്ങളെ തരാം അതുകൊണ്ട് ഐശ്വര്യത്തെ കാണൂ എന്നാ പറഞ്ഞത് അപ്പൊ ദിവ്യമായ നേത്രമുണ്ട് ജ്ഞാന ചക്ഷുസ് ഇതുകൊണ്ടല്ല കാഴ്ച ഇതുവരെ നാം കണ്ട കാഴ്ചകളെല്ലാം ഇതുകൊണ്ടാണ് ഇതിൽ നിന്ന് അന്യമായ ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ചയാണ് കൃഷ്ണനെ മടിയിൽ വെച്ചിട്ട് അമ്മ കണ്ടത് ഇപ്പം ദിവ്യങ്ങളായിട്ടുള്ള മാലകളും വസ്ത്രങ്ങളും ദിവ്യഗന്ധങ്ങളോടുകൂടിയിട്ടുള്ള സർവ ആശ്ചര്യങ്ങൾ നിറഞ്ഞിട്ടുള്ള പ്രകാശമുള്ള അറ്റമില്ലാത്ത സർവത്ര മുഖമുള്ളതായിട്ടുള്ള അതിനെ കണ്ടുപോകും അടുത്ത ശ്ലോകം ഭഗവത്ഗീതയിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ശ്ലോകമാണ് അതിൻ്റെ ഒരു പൂർണ്ണതയെ ആ ഒരു കാഴ്ചയെ എങ്ങനെയാണോ അവതരിപ്പിക്കാൻ പറ്റുന്നത് അതിൻ്റെ സർവഭാവങ്ങളോടും കൂടി സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു ദിവിസഹസ്രേവ് ദിവിസൂര്യസഹസ്രുഗപത് ഉത സാ തഹാത്മന ഭാസ സദൃശീ സഗംഭീരമായിട്ടുള്ള ശ്ലോകാണ് എന്താ തലങ്ങും വെലങ്ങും വരച്ചു വെച്ചോളൂ എന്തുകൊണ്ടാണ് തലങ്ങും വെലങ്ങും വരച്ചു വയ്ക്കണമെന്ന് പറയുന്നത് എന്നാണെങ്കിൽ അതായത് ഒരു പരമാണുവിൻ്റെ ഉള്ളിൽ ഒരു പരമാണുവിൻ്റെ ഉള്ളിൽ അത്ഭുത പ്രപഞ്ചത്തെ അതിവേഗത്തിലുള്ള സൂക്ഷ്മ രേണുക്കളുടെ ആ കറങ്ങലിൽ ഒരത്ഭുത പ്രപഞ്ചം ഓപ്പൺ ഹൈമർ എന്ന ശാസ്ത്രകാരൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച സമയത്ത് അദ്ദേഹം അത് കണ്ട സമയത്ത് അദ്ദേഹം സ്മരിച്ചത് ഈ ശ്ലോകമാണ് എങ്ങനെ എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് ദിവി സൂര്യ സഹസ്രസ്യ ദിവി ആകാശത്തില് സൂര്യസഹസ്രസ്യ എത്ര സൂര്യൻ ആയിരം സൂര്യന്മാർ ആയിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചാൽ ഭായുഗപത് ഉത്തിതാ ഭവേത് ഒന്നിച്ച് ഉയർന്ന ഉയർന്നു കഴിഞ്ഞാൽ അതെപ്രകാരം ഉണ്ടായിരിക്കുമോ യതി തസ്യ മഹാത്മാ മഹാത്മനഹ എങ്കിൽ അത് ആ മഹാത്മാവിൻ്റെ ഭാസ ഭാസയ്ക്ക് പ്രഭയ്ക്ക് സദൃശീസിയാതെ തുല്യമായി ഭവിക്കും നോക്കണം ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു ശാസ്ത്രകാരൻ അതും വലിയൊരു ശാസ്ത്രകാരൻ ഹിരോഷിമയിൽ വർഷിച്ച ആ ബോംബ് ആ തീഗോളമുണ്ടല്ലോ വിശ്വത്തെ മുഴുവൻ വിഴുങ്ങാൻ പോന്ന തീ തീഗോളം മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ് അത് ആ സമയത്ത് അയാൾക്ക് ഓർമ്മ വന്നത് ഇതാ ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു എന്താ കാര്യമാണ് ഓപ്പൺ ഹൈമറിന് റോബോർട്ട് ഓപ്പൺ ഹൈമറിന് ഈ ശ്ലോകം അദ്ദേഹം ഉദ്ധരിക്കുന്നത് അതായത് നമ്മുടെ നേത്രങ്ങൾ കണ്ട നാം സൃഷ്ടിച്ച അതിസൂക്ഷ്മമായ പരമാണുവിൻ്റെ വിഭജനത്തിൽ നാം കണ്ട ചൈതന്യം ആ ചൈതന്യത്തെ വിശേഷിപ്പിക്കാൻ ഒരു ശാസ്ത്രകാരന് തോന്നിയത് ഈ ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതേ എട്ടാം ശതകത്തിൽ ജീവിച്ച ശങ്കരാചാര്യസ്വാമികളുടെ മായ എന്ന നിർവചനത്തെ അതിഗംഭീരമായിട്ട് ഉദാഹരിക്കുന്നുണ്ട് എട്ടാം ശതകത്തിൽ ജീവിച്ച നമ്മുടെ ഋഷി അല്ലെങ്കിൽ അതിനു മുൻപുണ്ടായിട്ടുള്ള ഭഗവത്ഗീത അതിൻ്റെ ആ ഒരു എന്താ പറയുക അത് വിരാജിക്കുന്നത് കണ്ടില്ലേ ലോകത്തിന് മുഴുവൻ നടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടുക്കിയ ഒരു മഹാപ്രതിഭാസം നടക്കുന്ന സമയത്ത് മഹാപ്രതിഭാസം എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്തായാലും അതൊരു ശാസ്ത്രത്തിൻ്റെ നേട്ടം തന്നെയാണ് അതിൽ പല ദൂഷ്യങ്ങളുണ്ടെങ്കിലും ആളുകളെ ഓടുന്നതിന് ആ ചരിത്ര സ്വാമി സൂചിപ്പിച്ചുവല്ലോ വി ഓഫ് നാഗസാക്കി എന്നാണ് പഴയ ആ യുദ്ധ ഈ ഈ എന്താ പറയുക ഈ യുദ്ധത്തിന് ശേഷം പുറത്തിറങ്ങിയ ആദ്യ പ്രസിദ്ധീകരണമാണ് ആദ്യത്തെ പുസ്തകമാണ് ആധികാരികമായിട്ടുള്ള പുസ്തകമാണ് ഈ ഹിറോഷിമ നാഗസാക്കിയെ സംബന്ധിച്ച് അതിലവർ പറയുന്നത് റോസ്റ്റഡ് ചിക്കനെ പോലെയായിരുന്നു ആളുകൾ ഓടിയത് റോസ്റ്റഡ് ചിക്കൻ അവർക്ക് പറയാം അവർക്ക് പരിചിതമാർന്ന ഒരു ശബ്ദമാണ് റോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ തൊലിയൊരിഞ്ഞ കോഴി അതിങ്ങനെ ഓടിക്കഴിഞ്ഞ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞു ഓടിയ സമയത്ത് അല്ലെങ്കിൽ ഹൈമറ് കാണുന്നത് ഇതൊന്നുമല്ല നൂറ് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചത് ഈ രേഖപ്പെടുത്തിയ കുട്ടികളും അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതാണ് എന്താണ് വലിയ വലിയൊരു ഗോളം അഗ്നിയുടെ ഗോളം അതവർക്ക് പറയാൻ പറ്റില്ല അതങ്ങനെ ഈ വിഷത്തെ മുഴുവൻ ഭൂമിയെ മുഴുവൻ വിഴുങ്ങുന്നതായിട്ട് അപ്പോൾ അർജുനൻ്റെ കാഴ്ച അർജുനൻ അർജുനൻ കാണുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു ഒരു നൂറ് സൂര്യൻ ഒന്നിച്ചുതിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു ആ മഹാത്മാവിൻ്റെ എന്താ പറയുക ഭാസഹാ സദൃശീസിയാ അതിന് സദൃശമായിരിക്കും ഒരു സൂര്യനെ തന്നെ നോക്കാൻ പറ്റില്ല ഒരായിരണം ഒരുമിച്ച് വന്നാൽ ഇങ്ങനെ ഉണ്ടാവും അത് സദൃശപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഇതാണ് എന്ന് പറയാം പറഞ്ഞാൽ പ്രകാശം മാത്രം വേറെ ഒന്നുമില്ല ആ അഗ്നി അങ്ങനെ ജ്വലിക്ക് അറിവിന്റെ ആ എന്താ പറയാ തസ്യഭാസ സർവമിതം വിഭാതി ആ ചൈതന്യം മാത്രം നിറഞ്ഞു നിൽക്കുന്നു അല്ലയോ മഹാരാജൻ അങ്ങനെയാണ് അതിനെ അർജുനൻ കാണുന്നത് എന്ന് പറയാം തുടർന്ന് ഇതൊക്കെ ധ്യാനത്തിന് വിഷയമാക്കണം ഇതൊക്കെ കേട്ട് വാക്കുകൾക്ക് ഇവിടെയൊക്കെ വാക്കുകള് വാക്കുകളെ കൊണ്ടൊന്നും സാധ്യമല്ല എന്ന് പറയാം ഒരിക്കലൊരു ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്വാമിക്ക് ഉദാഹരണം തരാൻ സാധിക്കും എന്ന് തോന്നുന്നു ഒരിക്കലൊരു ഗുരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ ചെല്ലുന്നു എന്നിട്ട് പറഞ്ഞു ഗുരു ഈ പുസ്തകമൊന്നും ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇതൊന്ന് അങ്ങ് വായിച്ചു തരണം എന്ന് പറയും ഗുരു പറഞ്ഞു എനിക്ക് വായന അറിയില്ലേ കുട്ട നീ വായിച്ചതാ എന്നാൽ ഞാൻ പറഞ്ഞുതരാം വായിക്കാൻ അറിയില്ല എന്ന് അപ്പൊ ഇവൻ ചോദിക്കുക വായിക്കാനറിയാത്ത അങ് എങ്ങനെയാ പറഞ്ഞു തരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു വാക്കുകൾ അപ്രസക്തങ്ങളാണ് എന്ന് പറയാം വാക്കുകളിൽ സത്യമില്ല സൂചനകൾ മാത്രമാണ് ഏതുപോലെ എന്നാൽ എന്റെ കൈവിരൽ ചന്ദ്രനല്ല എന്നതുപോലെ എനിക്ക് ചന്ദ്രനെ നിനക്ക് കാണിച്ചു സാധിക്കും എങ്ങനെ കൈവിരലിലൂടെ പക്ഷേ കൈവിരലാണ് ചന്ദ്രൻ എന്ന് നീ കരുതിയാൽ നിനക്ക് പാളിച്ച പറ്റി അബദ്ധം പറ്റി എന്ന് പറയും അതുകൊണ്ടാണ് സ്വാമി മുൻകൂർ ജാമ്യമെടുത്ത് ശിവകാശി കലണ്ടറാണ് വിശ്വരൂപം എന്ന് ധരിച്ചാൽ നിങ്ങൾ പെട്ടുപോ ഒരു ചെറിയൊരു സൂചന അതൊരു അൽപ്പമാത്രമായ സൂചന മാത്രമേ സാധിക്കൂ അതിന് അതാണ് വിശ്വരൂപം എന്ന് ധരിച്ചേക്കരുത് വിശ്വരൂപത്തിനെ ആവാഹിക്കാൻ ഒരു ബ്രഷനും സാധ്യമല്ല എന്ന് പറയാം അതതിനപ്പുറത്താണ് ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ കണ്ണും കാതും ഒക്കെ അസ്തമിക്കട്ടെ എന്നിട്ട് അതങ്ങനെ ബോധത്തില് നിറയട്ടെ എന്താണ് വിശ്വരൂപം എന്നത് നോക്കാം മുൻപിലേക്ക് പോകുമ്പോ സൂചനകളൊക്കെ കിട്ടും ജഗത്കൃഷ്ണം പ്രവിഭക്തം അനേകഥ അപശ്യ തഗത്കൃണം പ്രവിഭക്തം അനേകത അപശ്യ പാണ്ഡവ തണ്ഡവ അപ്പോൾ അർജുനൻ ദിവസേവൻ്റെ പരമാത്മാവിൻ്റെ തത്ര ശരീരേ ആ ശരീരത്തിൽ ഭഗവാന്റെ ശരീരത്തെയാണ് ഇവിടെ വിശേഷിപ്പിച്ചത് നൂറ് സൂര്യൻ ഒന്നിച്ചുതിച്ചാൽ ആകാശത്തൊന്നിച്ചുതിച്ചാൽ എപ്രകാരം ഇരിക്കുമോ അപ്രകാരം എന്ന് പറഞ്ഞത് ആ ശരീരത്തില് അനേകത അനേക പ്രവിഭക്തം വിഭാഗിക്കപ്പെട്ട ഇനി ഒന്ന് അതിനെ വിഭജിക്കുകയാണ് ആര് സഞ്ജയൻ വിഭാഗിക്കപ്പെട്ട ജഗത് ജഗത്തിനെ കൃത്സ്നം പൂർണ്ണമായി ഏകസ്ഥം അപശ്യത് ഒന്നായിരിക്കുന്നത് കണ്ടു ഭഗവാന്റെ ശരീരത്തിൽ നാനാവിധമായ ഈ വിശ്വത്തെ ആ വിശ്വം ഒന്നായിരിക്കുന്നത് കണ്ടു അതൊരു വലിയ കാഴ്ചയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് സാവകാശം ഇരുന്ന് മനനം ചെയ്യാം ഏതായാലും വിശ്വരൂപ ദർശനത്തിൽ നമുക്ക് എന്താണ് വിശ്വരൂപം എന്നുള്ളത് യുക്തിക്ക് അതായത് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പാകത്തിന് സ്വാമി പറഞ്ഞുതരാം ഇപ്പൊ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇരിക്കട്ടെ കുറച്ച് മുൻപിലേക്ക് വരാം തത സമയാവിഷ്ടൃഷ്ടോയ പ്രണമ്യ ശിരസദേവം കൃതാഞ്ജലിരഭാഷ തത സവിസ്മയാവിഷ്ടൃഷ്ടരോമ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത അനന്തരം എന്ത് സംഭവിച്ചു എന്ന് പറയാം തഥ അനന്തരം വിസ്മയാവിഷ്ടൃഷ്ടരോമ വിസ്മയാവിഷ്ട എന്ന് പറഞ്ഞാൽ അത്ഭുത പരവശനായിക്കൊണ്ട് ഹൃഷ്ടരോമാ പുളകിത ഗാത്രനായിട്ടുള്ള ധനഞ്ജയൻ അർജുനൻ ദേവം ശിരസ പ്രണമ്യ ആ ഭഗവാനെ ശ്രീകൃഷ്ണന് ശിരസാപ്രണമ്യ ശിരസുകൊണ്ട് നമസ്കരിച്ചിട്ട് കൃതാഞ്ജലി തൊഴുകയോടുകൂടി അഭാഷത പറഞ്ഞു ഇത് കണ്ടതിന് ശേഷം അർജുനൻ ഒരു എന്താ പറയുക തൊഴുകയോട് കൂടിയിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എന്താണ് നോക്കാം അർജുന അർജുനൻ ഭഗവാനോട് പറയുന്നു തൊഴുകയോട് കൂടിയിട്ട് ഭഗവത്ഗീതയില് രണ്ട് വൃത്തങ്ങളാണ് ഒന്ന് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ് തൃഷ്ടുപ്പ് വൃത്തത്തില് ഭഗവാൻ അർജുനൻ ഭഗവാന്റെ മുൻപില് അവതരിപ്പിക്കുന്നു പശ്യാമി ദേവാൻ തവ ദേ സർവാ തഥാ സർവാൻ തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണം ഈശം കമലാസനസ്ഥ ഋഷീൻ ച സർവാൻ ഉരഗാൻ हे देवा, अलयो അലയോ പ്രകാശസ്വരൂപനായിട്ടുള്ള ഭഗവാനേ തവ േഹേ അങ്ങയുടെ ശരീരത്തില് സർവാൻ ദേവാൻ എല്ലാ ദേവന്മാരെയും അതുപോലെ തഥാ ഭൂതവിശേഷ സംഘാൻ അപ്രകാരം തന്നെ എല്ലാ പ്രാണിവർഗങ്ങളെയും ദിവ്യാൻ സർവാൻ ദിവ്യന്മാരായിട്ടുള്ള സർവാൻ ഋഷി എല്ലാ ഋഷീശ്വരന്മാരെയും ഉരകാൻ സർപ്പങ്ങളെയും ഇഴയുന്നതിനെയും തഥാ അപ്രകാരം തന്നെ കമലാസനസ്ഥം കമലാസനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈശം ഈശനായ ബ്രഹ്മാണംച്ച ബ്രഹ്മാവിനെയും അഹം പശ്യാമി ഞാൻ കാണുന്നു ഇതാണ് കാഴ്ച ഇതെന്താണ് ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വിശ്വരൂപം എന്ന് പറയുമ്പം ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭഗവത്ഗീതയുടെ താത്പര്യം നമുക്ക് അവരനെ നോക്കുമ്പം നമുക്ക് ഇത്തരത്തിലൊരു കാഴ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു വിശ്വരൂപ സംസ്കാരം നമ്മുടെ ഉള്ളിൽ വേണമെന്ന് പറയാം കാരണം ഈ വിശ്വം എന്തുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ആധുനിക ശാസ്ത്രത്തിന് ഈ മതം അങ്ങേയറ്റം സമ്മതമാണ് ഈ അഭിപ്രായം ഗീതയുടെ ഈ വിശ്വത്തെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെയും സൃഷ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഒരു മാറ്റവും ഇല്ല വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനോട് പറയുന്നതോർക്കുക സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യതെ പാതാളേ ഭൂതലേ വാവി പാതാളത്തിലാവട്ടെ രാമ ഭൂമിയിലാവട്ടെ എവിടെയാവട്ടെ സർവത്ര പഞ്ചഭൂതാനി എല്ലായിടത്തും പഞ്ചഭൂതങ്ങൾ മാത്രമല്ല ഇവിടെ അർജുനൻ ഇപ്പൊ കണ്ട കാഴ്ചയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആദികാരണമായിട്ടുള്ള ബ്രഹ്മാവിനെയും എന്തൊക്കെ ഈ വിശ്വത്തിലുണ്ടോ എല്ലാ ഋഷീശ്വരന്മാരെയും ദേവന്മാരെയും എല്ലാവരെയും കാണുന്നു ഞാൻ അങ്ങയിൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു ഉപാധിയാണ് ഭഗവാൻ ഒരു ഉപാധിയായി നിന്നു കൊടുക്കുകയാണ് ഈ കാഴ്ച അർജുനന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ മുൻപിലുള്ള ഭഗവാൻ ഉപാധിയാവുന്നത് എന്താ അപ്പൊ ഭഗവാൻ ഉപാധിയായ ഞാനും കാണുമല്ലോ സ്വാമി എന്നാണെങ്കിൽ ഈശാവാസ്യം ഇതം സർവം എന്ന പ്രമാണം വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതെല്ലാം എന്താണ് അത് തന്നെയാണ് നിങ്ങൾ ഏത് വഴിക്ക് പോയാലും വിടില്ല ശാസ്ത്രം അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിയിൽ വിശ്വരൂപം ദർശിക്കാം അതേത് പ്രകാരത്തിലുള്ള ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ അത് മൂക്കുന്ന ഒലിക്കുന്ന കുട്ടിയാണെങ്കിലും ഒലിക്കാത്ത കുട്ടിയാണെങ്കിലും ഏത് കുട്ടി എങ്ങനെയുള്ള കുട്ടിയാവട്ടെ അതിന് ജാതി മതമൊന്നുമില്ല ഈ ഒരു ദർശനം ഏത് മതസ്ഥനും ഇവിടെ ഈ മതം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും സ്വാമിക്ക് അതിൻ്റെ ആ പരിമിതിയുണ്ട് പറയാൻ അതുകൊണ്ട് മതത്തിനൊന്നും ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന് പറയും ഈ കാഴ്ചപ്പാടല്ലോ അവല്ലാം അസ്തമിക്കുന്നു എല്ലാ പുരോഹിതന്മാരുടെ കുപ്പായം ഊരി വീഴും എന്ന് പറയാ ഇവിടെ ഒരു പിന്നെ അവരുടെ ആവശ്യമില്ല ഇവിടെ ആർക്കും ഒരു തൊഴിലും ഉണ്ടാവില്ല എല്ലാം അടച്ചുപൂട്ടേണ്ടി വരും അതുകൊണ്ടാണ് അവർ നമ്മളെ പേടിപ്പിക്കുന്നത് അടച്ചുപൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് നിലനിൽക്കണം എന്ന് പറയാ സ്വാമി ഇവിടെ കഴിഞ്ഞു കൂടണം അതുകൊണ്ട് പറയും വിശ്വരൂപമൊന്നും നിങ്ങൾക്ക് സാധാരണക്കാരനൊന്നും പറ്റിയതല്ല നിങ്ങൾക്ക് പറ്റൂത് നിങ്ങളൊരു എത്ര അക്ര അക്രമാസക്തമായി പോകുന്ന ജാഥ കാണുന്ന സമയത്ത് അനേക വക്രം അനേക നേത്രം അനേക ശിരസ് അനേക ബാഹുകൾ അല്ലേ ഒന്ന് വിശ്വരൂപത്തിൻ്റെ വെളിച്ചത്തിൽ ആ ജാഥയെ ഒന്ന് നോക്കി നോക്കൂ എന്ത് രസ അവിടെ യാതൊരു വിദ്വേഷവും നമ്മൾ കാണില്ല പൂരപ്പറമ്പിലേക്ക് നിങ്ങൾ പോയിക്കോളൂ എവിടെ എവിടെയും നമുക്ക് ഈ ഒരു അറിവ് ഇത് നമുക്ക് കാണ കാണാൻ സാധിക്കണം എത്ര അക്ര അക്രമാസക്തമായി പോകുന്ന ജാഥ കാണുന്ന സമയത്ത് അനേക വക്രം അനേക നേത്രം അനേക ശിരസ് അനേക ബാഹുക്കൾ അല്ലേ ഒന്ന് വിശ്വരൂപത്തിൻ്റെ വെളിച്ചത്തിൽ ആ ജാഥയെ ഒന്ന് നോക്കി നോക്കൂ എന്ത് രസ അവിടെ യാതൊരു വിദ്വേഷവും നമ്മൾ കാണില്ല പൂരപ്പറമ്പിലേക്ക് നിങ്ങൾ പോയിക്കോളൂ എവിടെയും എവിടെയും നമുക്ക് ഈ ഒരു അറിവ് ഇത് നമുക്ക് കാണ കാണാൻ സാധിക്കണം അപരനിൽ ഈ ഒരു ഋഷിയുടെ സംസ്കാരത്തെ അപ്പൊ ഋഷിയെ കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഋഷിയുടെ നിസ്സംഗതയെ ഈ ഒരു ഈ ഒരു കാണലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക പ്രധാനപ്പെട്ടത് വിശ്വരൂപ ദർശനമാണല്ലോ കാണൽ അല്ലാതെ വളരെ വർഷങ്ങൾക്ക് മുൻപ് അർജുനൻ അങ്ങനെ നോക്കിയ സമയത്ത് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ആളിൽ എന്തൊക്കെയോ ഇങ്ങനെ കുറേ കണ്ടു ഇപ്പൊ ഇത് നടപ്പുണ്ടോ ഇല്ല നടപ്പില്ല എന്തുകൊണ്ട് കാരണം അത് നടപ്പില്ലാത്തതുകൊണ്ട് തന്നെ എവിടെ നിന്ന് അപ്പൊ ഒരു വിശ്വരൂപം കാണാൻ പറ്റുക കാണാൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലങ്ങളൊന്നും എന്നാണ് നമ്മുടെ മതം അഭിപ്രായം അങ്ങനെയല്ല എന്ന് പറയും ഇത് സാധ്യമാണ് എന്ന് ഭഗവാൻ ജനിച്ച സമയത്ത് കാണിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അമ്മ പ്രസവിച്ച സമയത്ത് ജയിലിരിക്കുന്ന സമയത്ത് കാരാഗ്രഹത്തില് പോറ്റിയമ്മയും പെറ്റമ്മയും ഉണ്ടല്ലോ പ്രസവിച്ചമ്മ കണ്ടു എന്താ കണ്ടത് ശംഖുചക്ര ഗതാധാരിയായ കുട്ടിയെ കണ്ടു എന്താ അതിൻ്റെ താത്പര്യം ഏത് കുട്ടിയും ഏത് കുട്ടിയേയും അമ്മ കാണേണ്ടുന്ന ആദ്യ കാഴ്ച ഇതായിരിക്കട്ടെ എന്ന് ഋഷി പറഞ്ഞു നമ്മളോട് നിങ്ങളും നിങ്ങളുടെ കുട്ടിയെ ആദ്യം കാണുന്നത് ഇങ്ങനെയായിരിക്കണം അവനെ രണ്ട് കൈയോ രണ്ട് കയ്യോടുകൂടിയല്ല കാണേണ്ടത് പിന്നെയോ അവന്റെ സാധ്യതകളെ മുഴുവൻ കാണണം പിന്നെ നിങ്ങൾ അത്തരത്തിൽ അവനെ വളർത്തണം അല്ലാതെ അത് നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾ കാണുന്നത് ഇവനെ ഞാൻ മഹാബാഹുവാക്കും എന്നത് ആരാ കണ്ടത് കണ്ടതമ്മയാണ് കൃഷ്ണൻ അവിടെ നോക്കുമ്പം ഋഷിക്ക് നമ്മളോട് പറയാനുള്ളത് കൃഷ്ണൻ ഒന്നുമല്ല കണ്ട അമ്മയാണ് കൃഷ്ണനേക്കാൾ വലുത് എന്ന് പറയാം നമ്മ കണ്ടില്ലായിരുന്നുവെങ്കിൽ അത്തരത്തിലൊരു നേത്രം നമുക്ക് ആവശ്യമാണ് നമ്മുടെ കുട്ടികളെ കാണുമ്പം അയൽക്കാരനെ കാണുമ്പം കാരണം ഈ വിശ്വത്തിലെ ഈ വിശ്വത്തെ വീണ്ടും പറയട്ടെ ഈ വിശ്വത്തെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാ നമ്മളെ ഉണ്ടാക്കിയത് സൂര്യനെ കാണാം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സൂര്യനെ കാണാം എന്ന് പറയും എല്ലാറ്റിനെയും കാണാം സമുദ്രത്തെയും ഭൂമിയെയും ആകാശവും എല്ലാം എല്ലാം സമ്മേളിക്കുന്നു നമ്മളിരുന്ന് പറയാം എല്ലാറ്റിൻ്റെയും സമ്മേളനം ഒരുവനിൽ നാം കാണുന്നുവെങ്കിൽ അതുതന്നെ വിശ്വദർശനം ഞാൻ ഒരാളെ കാണുന്ന സമയത്ത് എന്റെ സംസ്കാരത്തിന്റെ എന്റെ സംസ്കാരത്തിനായി അത്യുദാത്തമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഋഷിയെ കാണുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഋഷി വചനങ്ങളായി സ്വീകരിക്കുന്ന സമയത്താണ് അതേതോ ഒരു താടിയായിട്ടുള്ള ആളെ കണ്ടു അതെന്റെ സംശയങ്ങളെ ദൂരീകരിക്കാൻ പോകുന്നതായി ഞാനതിനെ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൽ ആരെ കാണുന്നു ഋഷിയെ കാണുന്നു അതുകൊണ്ട് അല്ലാത്ത വിധത്തിൽ നിങ്ങൾ വെറുതെ ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കരഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല വിശ്വരൂപം എന്നൊക്കെ സ്വാമി ഏതായാലും നാളെ വിശ്വരൂപം എടുക്കും ഒന്ന് കരയാ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളവരോട് സ്വാമി ക്ഷമ ചോദിക്കണം കാരണം നിങ്ങൾ ഭാഗവതത്തിലൊക്കെ കുറേ കരഞ്ഞിട്ടുണ്ട് ആനന്ദക്കണ്ണീര് നല്ലത് തന്നെയാണ് പക്ഷേ അതൊന്ന് തൊട്ട് നോക്കണം രുചിച്ച് നോക്കണം അതിന് ഉപ്പുണ്ടോ മധുരമുണ്ടോ എന്ന് ഉപ്പുണ്ടെങ്കിൽ പരിപാടി നിർത്താം മധുരമാണെങ്കിൽ തുടരാം ഭർത്തൃഹരി പറയുന്നുണ്ട് അനുഭവത്തിൻ്റെ അതിനൊട്ടും ചൂടുണ്ടാകാൻ പാടില്ല നല്ല തണുപ്പായിരിക്കണം അത് നമുക്കേ അറിയുള്ളൂ ചില സമയത്ത് സ്വാമി നിങ്ങളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് പറയാം ചിലപ്പോൾ ഇത് തുറന്നു പറയുന്ന ആചാര്യന്മാർ വളരെ കുറവായിരിക്കാം നിങ്ങളുടെ ക്ഷേമം മാത്രമേ സ്വാമിയുടെ ഉദ്ദേശമുള്ളൂ പിന്നെ നമുക്കിത് ഒന്ന് ആശയവിനിമയം നടത്താനൊരു ഒരവസരം അത്രയേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന മാത്രമല്ല കേൾക്കുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നവുമായി താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് നാം കേൾക്കുമ്പോൾ അതിലൊരു ഈറനണിയും നമ്മുടെ കണ്ണ് ഏതെങ്കിലും അത് നമ്മുടെ ഒരു നമുക്ക് നഷ്ടപ്പെട്ടു പോയതും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ആ സമയത്ത് മനസ്സിലാക്കിക്കൊള്ളുക മനസ്സ് മനസ്സിന് താൽക്കാലികമായിട്ട് ആശ്വാസം കിട്ടുന്നുണ്ട് ഈ ശാസ്ത്രങ്ങളിൽ നിന്ന് പക്ഷേ അതിന് ആനന്ദക്കണ്ണീരായിട്ട് എടുക്കരുത് ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ നല്ലത് തന്നെ പലപ്പോഴും നമ്മൾ അതിനെ ബന്ധപ്പെടുത്തുന്നത് അത്തരം നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാല ദുരന്തങ്ങളുമായി ചേർത്തിട്ട അതൊരു മനഃശാസ്ത്രമാണ് അതിന് മനഃശാസ്ത്രകാരന്മാർ പറയുന്നത് ഇപ്പൊ നമ്മുടെ അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ മരിച്ച് അച്ഛൻ്റെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കേട്ട ഒരു ചലച്ചിത്ര ഗാനം ആ സമയവും ആ ചലച്ചിത്ര ഗാനവും എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഉപബോധ മനസ്സിൽ അത് ഒരു പാട് വീഴ്ത്തിയിട്ടുണ്ട് ആ ഒരു ആ ഒരു സംഗതി അതിൻ്റെ നമ്മുടെ ഉള്ളില് പാട് വീഴ്ത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കാം ഇനി വർഷങ്ങൾ കഴിയട്ടെ എപ്പോഴൊക്കെയാണോ ഈ പാട്ട് കേൾക്കുന്നത് ആ സമയത്ത് എനിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു ദുഃഖം ഞാൻ എനിക്ക് മനസ്സിലാവില്ല എന്താണ് ഇതിന് കാരണം അച്ഛൻ്റെ വിടവ് എന്നിൽ ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കില്ല പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കില്ല പക്ഷേ സംഭവിക്കുന്നത് അതാണ് അതുകൊണ്ട് ആ ചൂടുണ്ടോ മധുരം ഉപ്പുണ്ടോ തണുപ്പുണ്ടോ എന്ന് നോക്കണം ഭർത്തൃഹരി പറയുന്നുണ്ട് ആനന്ദത്തിൻ്റെ കണ്ണീര് നുകരാൻ ഋഷി ഋഷിയുടെ മടിത്തട്ടിലേക്ക് കുരുവികൾ പാഞ്ഞെത്തുന്നത് തേൻ നുകരുന്നത് ഋഷിയുടെ കണ്ണുനീർ നുകരുന്ന കിളികളെക്കുറിച്ച് ഭർതൃഹരി പറയുന്നുണ്ട് അത്തരത്തിലാണെങ്കിലും നല്ലത് അല്ലെങ്കിലും കരയുന്നത് നല്ലതാണ് പക്ഷേ തെറ്റിദ്ധരിക്കരുത് സ്വാമി പറയുമ്പം എല്ലാം പറയണമല്ലോ അതുകൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ എനിക്ക് ആനന്ദ കണ്ണീരുണ്ടാകാറുണ്ട് ഗീത കേൾക്കുന്ന സമയത്ത് എനിക്ക് ആനന്ദ കണ്ണീരുണ്ടാകുന്നുണ്ട് ശരി നല്ലതാണ് എന്ന് സ്വാമി പറഞ്ഞു പോയാൽ നമ്മൾ രണ്ടുപേരും ഒരു കബളിപ്പിക്കലായിരിക്കും നടത്തുന്നത് അതുകൊണ്ട് ശാസ്ത്രം ആഴത്തിൽ വിചാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേത്രങ്ങൾ ഈറൻ അണിയുന്നതിൻ്റെ പിറകിലെ അതിൻ്റെ താത്പര്യം ആ ഈറൻ വരുന്നതിൻ്റെ കാരണം എന്ത് അന്വേഷിച്ചാൽ ഇത്തരം സങ്കേതങ്ങളിൽ എത്തിച്ചേരുന്നത് കാണാൻ സാധിക്കും അവിടെ നിന്നും മുൻപിലേക്ക് ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ക്ലിയർ സ്വാമി പറഞ്ഞതിൽ ഒരു സംശയവും വേണ്ട സംശയത്തിന് അവിടെ സ്ഥാനമില്ല തെറ്റിദ്ധരിക്കും വേണ്ട അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇപ്പോ മെഡിറ്റേഷന്റെ സമയത്ത് നമ്മൾ ധ്യാനത്തിൽ അമ്മയെക്കുറിച്ച് ഓർക്കാനും അച്ഛനെക്കുറിച്ച് ഓർക്കാനും പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഇറൻ വരും അച്ഛനെ വിട്ടുപോയിട്ടുള്ളവർ അമ്മയെ വിട്ടുപോയിട്ടുള്ള എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ ആ താതാത്മ്യമാണ് അതവിടെ ആവശ്യമാണ് സ്വാമി നിർദ്ദേശം തരുന്നത് ആ താതാത്മ്യത്തിന് വേണ്ടി തന്നെയാണ് അവിടെ ഈറൻ അണിഞ്ഞുവെങ്കിൽ നല്ലത് നല്ലത് പക്ഷെ നമുക്ക് മുൻ മുൻപിലേക്ക് പോകേണ്ടതുണ്ട് അതേസമയം സമുദ്രത്തെക്കുറിച്ച് പറയുമ്പം ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്കും അതിൻ്റെ അനന്തതയിലേക്കും സൂര്യനെക്കുറിച്ച് പറയുമ്പം നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പം ഭൂമിയെക്കുറിച്ച് പറയുമ്പം ആ ഒരു താതാത്മ്യുണ്ടല്ലോ എനിക്കെന്റെ പിതാവിനെക്കുറിച്ച് കേട്ട സമയത്ത് മാതാവിനെക്കുറിച്ച് കേട്ട സമയത്ത് എൻ്റെ സ്മൃതിപഥത്തിൽ ഉണർന്ന വികാര ആ ഒരു എന്താ പറയുക ആ അത്തരത്തില് എൻ്റെ കണ്ണിനെ ഈർണണിയിപ്പിച്ചു എൻ്റെ നേത്രങ്ങളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വന്നു ശരി ഈ ഒരു സമീപനത്തിന് ഈയൊരു ഉൾക്കാഴ്ചക്കായിക്കൊണ്ട് വിശ്വരൂപം പഠിക്കുന്നത് മനനം ചെയ്യുന്നത് അധ്യയനം ചെയ്യുന്നത് നന്നായിരിക്കും അല്ലാതെ ഏതോ കാലത്ത് ഏതോ ഒരാള് ആകാശത്ത് ഇങ്ങനെ വലിയൊരു രൂപം കണ്ടു എന്നും ആ ആകാശത്ത് കണ്ട രൂപം ഇതാ സ്വാമി എന്തുകൊണ്ടാണ് ഓപ്പൺ ഹൈമറിന്റെ തിരോഷിമ നാഗസാക്കിയിലെ ബോംബ് വർഷിങ്ങിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം കാരണം അദ്ദേഹത്തിന് അദ്ദേഹം അത് കണ്ടു ആ സമയത്ത് ഈ ശ്ലോകം അദ്ദേഹത്തിന് ഓർമ്മ വന്നുവെങ്കിൽ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പം അത്തരത്തിലൊരു സംസ്കാരത്തെ സൃഷ്ടിക്കാൻ വിശ്വരൂപ ദർശനത്തിന് സാധിക്കും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഹൈമർ എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്വാമി പറഞ്ഞത് ആ അത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം വിശ്വരൂപം കൊണ്ട് നാം നേടേണ്ടുന്ന കരുത്ത് ഇതാണ് അതുകൊണ്ട് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാ അനേകം കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളും നോക്കൂ പറയുന്നത് അനേകം കൈകൾ അനേക ബാഹു അതുപോലെ അനേക ഉദരം അനേക വക്ത്രം എന്തൊക്കെ ഓരോന്നിൻ്റെയും വയറ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അല്ലേ തവളയുടെ വയറ് എലിയുടെ വയറ് പാമ്പിന്റെ വയറ് ഓരോന്നിൻ്റെ കങ്കാരുടെ അല്ലേ കങ്കാരുവിന്റെ കങ്കാരു കങ്കാരുടെ കുട്ടിയെ കാണുന്നില്ല കങ്കാരുടെ ഭർത്താവിനോട് ഭർത്താവ് കങ്കാരു പറഞ്ഞു മോനെ കാണുന്നില്ല എവിടെ പോയിന്ന് ആരോ പോക്കറ്റ് അടിച്ചു എന്ന് പറയും കാരണം അതിൻ്റെ പോക്കറ്റാണ് അതിൻ്റെ കുട്ടിയിരിക്കുന്നത് അതിൻ്റെ വയർ നമ്മുടെ വയർ പോലെയാണോ അല്ല അപ്പൊ എല്ലാ വയറുകളും വൈവിധ്യമാർന്ന വയറുകൾ ഓരോന്നിന്റെ മുഖങ്ങള് ഓരോന്നിൻ്റെ കണ്ണുകൾ ഓരോന്നിൻ്റെ എന്താ പറയുക എല്ലാം തലകൾ എന്തൊരു വൈവിധ്യമാണ് എല്ലാം ഉള്ളിൽ ഒരുവനിൽ കാണുന്നുവെങ്കിൽ ആധുനിക ശാസ്ത്രവും ഇവിടെയല്ലേ എത്തി നിൽക്കുന്നത് അല്ലേ ക്ലോണിങ്ങിൻ്റെയൊക്കെ അനന്ത സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താ വലിയ വലിയ പുതിയ പുതിയ ശാസ്ത്രങ്ങളൊക്കെ ശാസ്ത്ര എന്താ പറയുക ഈ എന്താ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഈ സ്പെയർ ബേബി അതായത് നമ്മൾ സ്റ്റെപ്പിനി എന്ന് പറയുമല്ലോ ടയർ സ്പെയർ ടയർ ഏ വാഹനത്തിന് എത്ര ടയർ ഉണ്ട് എന്ന് വെച്ചാൽ അഞ്ചെണ്ണം ഒന്ന് പഞ്ചറായാലും ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് സ്കൂട്ടറിന് മൂന്നെണ്ണം ഉണ്ട് എന്തിനാണ് ഒന്ന് പഞ്ചർ ഇതുപോലെ ഒരു കിഡ്നി പോയാൽ കിഡ്നി മാത്രമല്ല ശരീരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അതിനുവേണ്ടി മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ശിശുക്കൾ ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കണം സ്വാമി അപ്പോൾ ഒരു അവരുടെ ശാസ്ത്രം പറയുന്നത് ഒരു രോമം എടുത്തു കഴിഞ്ഞാൽ ആ രോമത്തിൻ്റെ അഗ്രഭാഗത്ത് നിൽക്കുന്ന മാംസത്തിൻ്റെ ഒരു തരിമ്പിൽ ഒരു മനുഷ്യവംശമുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്ന മനുഷ്യനെ കുറിച്ചല്ല അതിലെല്ലാം ഉണ്ട് എന്നാണ് കൊതുകിൽ നിന്ന് ആനയെയും ആനയിൽ നിന്ന് കൊതുകിനെയും ഉത്പാദിപ്പിക്കാം എന്ന് അവർ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിലും വിശ്വരൂപ ദർശനം നോക്കണം അവിടെ വിശ്വരൂപ ദർശനം കാണേണ്ടത് അതുകൊണ്ടാണ് സ്വാമി അപേക്ഷിക്കുന്നത് കലണ്ടറിനെ മറക്കുകയെന്ന് കാരണം നാം നിൽക്കുന്ന ലോകം വേറെയാണ് നിൽക്കുന്ന ലോകമേ വേറെയാണ് അവിടെ നിന്നിട്ടാണ് നാം വിശ്വരൂപ ദർശനത്തെ കാണേണ്ടത് അങ്ങേറ്റം ജാഗ്രത ഈ വിഷയത്തിൽ വേണം അപ്പൊ കൊതുകിൽ നിന്ന് ആനയെ ഉണ്ടാക്കാം എന്ന് കാണുന്ന ശാസ്ത്രകാരൻ കാണുന്നത് വിശ്വരൂപം തന്നെയല്ലേ അതെ സംശയം വേണ്ട നെൽച്ചെടിയിൽ നിന്ന് നെൽച്ചെടിയിലെ ഒരു കാമ്പിൽ നിന്ന് ഒരു പോറലിൽ നിന്ന് ഒരു ബ്ലേഡ് വെച്ചൊന്ന് ഒന്ന് അടർത്തി എടുത്താൽ കിട്ടുന്നതിൽ നിന്ന് ഒരു മനുഷ്യനെ നിർമ്മിക്കാം എന്ന് ശാസ്ത്രകാരൻ പറയുന്ന സമയത്ത് സാധ്യമാണ് ഗവേഷണങ്ങൾ നടക്കുന്നു പല ഗവേഷണങ്ങളും എന്താ പറയുക ലോകത്തിലെ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ മുഖം മാറ്റിവെച്ചത് മുഖം പൂർണ്ണമായി മാറ്റിവെച്ചു അല്ലേ എങ്ങനെയാ മരി വേറെ ഒരു മരണപ്പെട്ട ഒരാളുടെ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും ഇതിൻ്റെ സ്ഥിതി എന്താണ് രസമാണ് പക്ഷെ എന്തുകൊണ്ടോ ഈ ചില ഈ ഭക്തചിരോമണികൾക്ക് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊന്നിനും പറ്റാത്തതാണ് അത് പൊട്ടത്തരം പക്ഷെ കുറച്ച് അങ്ങനെ പറഞ്ഞ് അങ്ങനെ കേട്ടു പഠിച്ച് എന്തൊക്കെയോ ചില വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രകാരന്മാർക്ക് ഇതെന്നൊക്കെ പറഞ്ഞാൽ പുച്ഛമാണ് എന്ന് അങ്ങനെയൊന്നുമല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഹൈമറ ഈ ഗീത ഉദ്ധരിക്കുമായിരുന്നോ ഒരിക്കലും ഇല്ലാന്ന് പറയുക അതുകൊണ്ട് വിശ്വരൂപ ദർശന സംസ്കാരത്തെ സ്വാമി നിങ്ങളുടെ മുൻപിൽ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പറയാണ് വിശ്വരൂപ ദർശന യോഗത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു കാര്യം നിനക്ക് ദിവ്യമായ നേത്രത്തെ ദിവ്യ ചക്ഷുസിനെ ഞാൻ പ്രദാനം ചെയ്യാം ആ ദിവ്യ ചക്ഷുസിലൂടെ വേണം നീ എന്ത് കാണാൻ ഈ വിശ്വരൂപത്തെ ദർശിക്കാം ഇത് ഈ ഒരു ആശയ കൈമാറ്റം ഭഗവാനും അർജുനനും തമ്മിൽ നടന്നതിൽ നമ്മളതിനെ സ്വീകരിച്ചതിൽ ചിലപ്പം ചെറിയ പാകപ്പിഴകൾ സംഭവിക്കാം അപ്പൊ നമുക്ക് ഈ കാര്യം പിടികിട്ടാതെ പോവും എന്താണ് എന്ന് ചോദിച്ചു അവിടെ പറഞ്ഞല്ലോ ദിവ്യം ദദാമി തേ ചക്ഷുഹൂന്ന് അപ്പൊ ഈ ഭാഷയ്ക്ക് ഭാഷയുടെ പരിമിതി സ്വാമി എപ്പോഴും പറയാറുള്ളതാണ് ഭാഷയ്ക്ക് അതിൻ്റെ പരിമിതിയുണ്ട് ഭാഷ പലതും എന്താ പറയുക സ്പഷ്ടമാക്കാൻ സാധിക്കാത്തത് തന്നെയാണ് സ്പഷ്ടത ഇല്ലാത്തതാണ് ഭാഷ എന്നൊരാൾ പറഞ്ഞാൽ അത് സത്യം തന്നെയാണ് ഇപ്പൊ ഒരമ്മ പറയണു ഞാൻ എന്റെ മകന് അത്രയധികം സ്നേഹം നൽകി എന്ന് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാക്കല്ലേ എത്രമാത്രം സ്നേഹം ഞാൻ എൻ്റെ മകന് നൽകി എന്നറിയോ സ്വാമി പരാതിയൊക്കെ പറയുന്ന സമയത്ത് ഇത് വാസ്തവത്തിൽ സ്നേഹം നൽകാനും അത് കൊടുക്കാനും എടുക്കാനും പറ്റിയ ഒന്നാണോ ആണോ ആണോ അല്ലല്ലോ പക്ഷേ ഭാഷയിലൂടെ നാം ഇത് കൈമാറ്റം ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ സ്പഷ്ടമാക്കാൻ നാം ശ്രമിക്കുന്നു ഈ ദിവ്യമായ ചക്ഷുസ് ഈ എന്താ ദിവ്യമായ ചുസ് എന്ന് പറയുമ്പം ഇങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് എന്താ ഇന്നലെ ആരോ സൂചിപ്പിക്കുകയുണ്ടായി ദിവ്യ നേത്രത്തിൻ്റെ കാര്യം ഒന്ന് വിസ്തരിക്കണം മനസ്സിലായില്ല അത് നന്നായി അത് എന്തുകൊണ്ടും അപ്പൊ അത് ഇതിലെ മർമ്മമാണ് അപ്പൊ ദിവ്യ നേത്രം എന്ന് പറയുമ്പം അത് എടുക്കാനും കൊടുക്കാനും പറ്റിയ ഒന്നല്ല ഭഗവാൻ അർജുനന് കൊടുത്തു ദിവ്യ നേത്രം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മകന് സ്നേഹം നൽകി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊരു സൂക്ഷ്മമാണ് വിഷയം അത്ര സൂക്ഷ്മവുമല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അല്ലാതെ നമ്മൾ ദിവ്യമായ ചക്ഷുസ് എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്തോ ഒരു സാധനം ഒരു സുനാങ്കൃതി വിറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ചിപ്പ് അതൊരു കാലത്ത് ഒരാൾ ഒരാൾക്ക് കൊടുത്തതാണെന്നും അതിലൂടെ അർജുനന് ഇത് കണ്ടു എന്ന് പറഞ്ഞു കാരണം ഭഗവാൻ മുൻപ് പറഞ്ഞതിനൊക്കെ വിരുദ്ധമായി തീരും ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദേതെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദ്ധരിക്കാൻ നീ മാത്രമേ നിനക്കുള്ളൂ എന്ന് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വിഷയത്തിൽ ഈ കെമിസ്ട്രിയിൽ രാസത്വരകം എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് എന്താണ് രാസത്വരകം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ സാന്നിധ്യത്തിൽ മറ്റ് രണ്ട് വസ്തുക്കൾ അതായത് ഒരു ഒന്നിൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊന്നിന് മറ്റെന്തോ സംഭവിക്കുക ഉദാഹരണത്തിന് ഹൈഡ്രജനും ഓക്സി അന്തരീക്ഷത്തിലെ ഹൈഡ്രജൻ കണങ്ങളും ഓക്സിജൻ കണങ്ങളും കൂടിച്ചേരുന്നതിന് മിന്നൽ സഹായകമാകുന്നത് എന്താ പറയുക അനന്തമായ വൈദ്യുത പ്രവാഹത്താൽ ഈ കണങ്ങൾ ചേർന്ന് മഴയാകാൻ സാധ്യത അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ സത്യം പറഞ്ഞാൽ കൃഷ്ണൻ ഒരു രാസത്വരകമാണ് കൃഷ്ണനൊരു സാന്നിധ്യമാണ് അതാണ് ദിവ്യം ദദാമി ത്രേചക്ഷു അതിൽ സംഭവിക്കുകയാണ് അതുകൊണ്ട് രാസത്വരകത്തിന് നിൽക്കുന്ന വസ്തുവിന് ഈ രണ്ടിൻ്റെയും സ്വാധീനം ഉണ്ടാവില്ല അതുകൊണ്ട് അതിന് കുറച്ചിലോ കൂടലോ സംഭവിക്കുന്നില്ല എന്നാ അപ്പം ദിവ്യമായ നേത്രങ്ങളെ കൊണ്ട് അർജുനൻ ഇത് കണ്ടു എന്ന് പറയുമ്പം ശരിക്കും മനസ്സിലാക്കിക്കൊള്ള ഭഗവാൻ കനിഞ്ഞ് ഒരു കണ്ണുകൊടുത്തു എന്നല്ല അതുപോലെ തന്നെ വേണം ഭഗവാൻ സഞ്ജയന് ഇത് നൽകിയ കാര്യത്തിലും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയോ ഇതൊന്നും നമുക്ക് നടപ്പില്ലാത്തതാണോ എന്നും ഇതിനൊരു പ്രത്യേക കണ്ണാടി വേണമെന്നും ആ കണ്ണിരിക്കുന്നത് ഇവിടെയാണെന്നും അതൊന്ന് തുറന്നു കിട്ടേണ്ടതുണ്ടെന്നും എന്നൊക്കെ നമ്മൾ കരുതും ഇത് അങ്ങേയറ്റത്തെ പ്രേമത്തിൽ നിന്ന് ആ സമർപ്പണത്തിൽ നിന്ന് സംഭവിക്കുന്നതാണ് ഈ കാര്യം നിങ്ങൾക്ക് എന്താ നമ്മൾ സ്നേഹം കൊടുത്തു എന്ന് പറയുന്ന ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാകാൻ മനസ്സിലാക്കണം അല്ലാതെ ഇതിന് വേറെ എന്താ പറയുക ഉദാഹരണങ്ങളൊന്നുമില്ല എന്ന് പറയാം അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ ആരെങ്കിലും പറയ ആരെങ്കിലും ചോദിക്കുകയാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ നീ നിന്റെ മകന് സ്നേഹം കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നീ എപ്പോൾ കൊടുത്തു എന്നാണ് പറയുന്നത് നീ പലതും പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് അവന്റെ പെട്ടിയിൽ അത് വെച്ചു കൊടുത്തു ഇത് വെച്ചു കൊടുത്തു അതും ഇതുമൊക്കെ കൊടുത്തു പക്ഷെ നീ സ്നേഹം എപ്പോഴാണ് കൊടുത്തത് ചിലപ്പോ ചിലര് എന്താ കെഞ്ചുന്നത് കാണാം നീ എനിക്ക് ഒരു ഇറ്റ് സ്നേഹം തന്നില്ലല്ലോ ഒരിറ്റ് ഒരു തുള്ളി പക്ഷെ അത് കൊടുക്കാൻ പറ്റുന്നതല്ല മേടിക്കാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെയാണ് ഇവിടെ നൽകുവാനോ കൈക്കൊള്ളുവാനോ സാധ്യമല്ല ദിവ്യ ചുസ് അത് സംഭവിക്കുകയാണ് അവരുടെ ഇടയിൽ അതിനെന്താണ് അർജുനൻ അങ്ങേയറ്റം സമർപ്പിതനാണ് അങ്ങേയറ്റം ശ്രദ്ധാലുവാണ് അങ്ങേയറ്റം പ്രേമപൂർണ്ണമായ ഒരു സമീപനം കൈക്കൊണ്ടവനാണ് എന്നുള്ളതിനാൽ അതിനാൽ മാത്രം ആ ഒരു പ്രേമത്തോടുകൂടി നിങ്ങളൊരു തുള്ളി ജലത്തെ നോക്കിയാൽ നിങ്ങൾക്കതിൽ സമുദ്രം കാണാൻ സാധ്യമാണ് സമുദ്രം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 ഇതാണ് ദിവ്യമായ ചുസ് വേറെ ഒന്നുമല്ല ആ ദിവ്യമായ നേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ അന്തരാത്മാവിനെ കണ്ടെത്താനുള്ള ഒരു പാകതയാണ് ആ പാകതയാണ് ഇവിടെ അർജുനൻ നേടിയത് എന്ന് പറയാം അതുകൊണ്ട് ഈ ഒരു സമ്പൂർണം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം സൂക്ഷ്മമായ സൂക്ഷ്മമായ അണോഹോ അണിയാൻ എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞല്ലോ അണുവിൻ്റെ അണുവിലും മഹതോ മഹീയാൻ മഹത്തരമായിട്ടുള്ളതിലും ഒരുപോലെ നിലകൊള്ളുന്നതാണെന്ന് പറയാം ആ ഒരു അപാരത ആത്മാവിൻ്റെ അപാരത ഓരോ അണുവിലും നിഗൂഢമായി നിലകൊള്ളുന്നു ഈ നിഗൂഢതയെ ആവിഷ്കരിക്കാൻ പോകുന്ന നേത്രങ്ങളെ ആ സംഭവത്തെയാണ് ദിവ്യ എന്ന് പറയുന്നത് വേറെ യാതൊരു എന്താ പറയുക ഇന്ദ്രജാലവും ഇവർ തമ്മിൽ നടന്നിട്ടില്ല പക്ഷേ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ അതിലെന്ത് സംഭവിക്കും കാര്യം നമുക്കും പിടികിട്ടില്ല എന്ന് പറയാം ഈ ഒരു ദിവ്യ നേത്രത്തോടുകൂടി നമുക്ക് തന്നെ പലപ്പോഴും പലരെയും നോക്കാൻ സാധിക്കുമല്ലോ ഈ ആളുകൾ പഴയ കാരണവന്മാർ പറയാറുണ്ട് ഈ റോഡിലൊക്കെ കഴിയുന്ന നായക്കളുണ്ടല്ലോ നായ്ക്കൾക്ക് വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടില്ല ആകെ അതിന് ഈ ഹോട്ടൽ പരിസരത്തുള്ള ഏച്ചിൽ കൂമ്പാരത്തു നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അതിലെ അതിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കൂ വളരെ വിശന്നിരിക്കുന്ന ഒരു സമയത്താണ് ഒരു നായക്ക് കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയതെന്നുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അതൊരു നോട്ടം നോക്കും നമ്മളെ ആ നോട്ടം മതി നമുക്ക് അനുഗ്രഹമാവാൻ ആരാ നോക്കുന്നത് ഈ ഉള്ളിലിരിക്കുന്ന വൈശ്വാനരനുണ്ട് അഹം വൈശ്വാനരോ ഭൂത്ത്വാന്ന് പതിനഞ്ചാം അധ്യായത്തിൽ പറയാൻ പോകുന്നു ഞാനാണ് സർവപ്രാണികളുടെയും വൈശ്വാനരനായിട്ട് നിലകൊള്ളുന്നത് ആ നോട്ടം അതൊരു കൃതജ്ഞതയുടെ ഒരു നന്ദി നോട്ടമായി നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ ദിവ്യമായ ചുസ് നമുക്കുണ്ടായിരിക്കണം എന്നാലേ പ്രാണിവർഗങ്ങളുടെ ഇത്തരത്തിലുള്ള ആ കൃതജ്ഞതാപൂർവമുള്ള നോട്ടത്തെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ നമ്മൾ ദിവസവും നമ്മൾ വളർത്തുന്ന നായ വേറെ അതുപോലെ നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ വല്ലാത്ത സന്തോഷമായിരിക്കും അത് പോകില്ലേ അവിടെ അത് വാലൊക്കെ ഇട്ടിട്ട് ഒരക്കലും അത് കാരണം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു അല്ലെങ്കിൽ കൂട്ടുകാരിയായിരുന്നു കുറേ ദിവസമായിട്ട് കാണുന്നില്ല ഇതാ കണ്ടിട്ടുണ്ടോ അതിൻ്റെ സന്തോഷം ആ സന്തോഷം നമുക്ക് കാണണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ സ്വാമി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കേന്ദ്രങ്ങളാണ് ഈ ഒരു നേത്രം ഈ ഒരു ശ്രദ്ധ ഈ വിശ്വത്തിലേക്ക് മുഴുവൻ നമ്മൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മനസ്സിലാവും ഇത് അപ്രായോഗികമായ എന്തോ ഒരു കാര്യങ്ങൾ ഏതോ ഒരു തലത്തിൽ നിന്ന് പറഞ്ഞതല്ല ഇത് അങ്ങേറ്റം പ്രായോഗികമാണ് ഇത് ഏതൊരുവനും ഇത് സാധ്യമാണോ എന്ന് പറയാം ഈ ഒരു പ്രേമപൂർണ്ണമായിട്ടുള്ള സമീപനത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അത് നേത്രങ്ങൾക്കുണ്ടായിരിക്കണം അത് ശ്രോത്രത്തിനുണ്ടായിരിക്കണം അത് നാസികയ്ക്ക് ഉണ്ടായിരിക്കണം അത് പഞ്ചേന്ദ്രിയങ്ങൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കാര്യ എളുപ്പായി നോക്കാം നമുക്കടുത്ത ശ്ലോകങ്ങൾ പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ അർജുനൻ ഭഗവാനോട് പറയുന്നു അല്ലയോ ഭഗവാനെ അങ്ങയില് സകല ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും അതുപോലെ മറ്റ് ഉരകങ്ങളെയും എല്ലാം ഞാൻ കാണുന്നു കണ്ടു ഇവിടെ വീണ്ടും ആ വിവരണത്തെ തുടരുകയാണ് അർജുനൻ കാണുന്ന വിശ്വരൂപം പറയണോ അനേഹ ബാഹു ദുര അനേഹ അനേഹ ബാഹു അനേഹ ബാഹു എന്ന് പറഞ്ഞാൽ അനേകം കൈകളോട് കൂടിയിട്ടുള്ള അതുപോലെ ഉദരം വക്ത്രം നേത്രം ഇതല്ലേ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അതുപോലെ വായകള് കൈകള് മുഖങ്ങൾ അനന്തരൂപം അവസാനമില്ലാത്ത ആകൃതിയോട് കൂടിയിട്ടുള്ള അപ്പൊ ആകൃതിക്ക് അവസാനം ഇല്ലെങ്കിലോ അത് ആകൃതിയാണോ അല്ല ആകൃതിയിൽ നിന്നത് വിട്ടുപോകുന്നു പറയാ ആകൃതി അവസാനമുള്ളതാണ് അപ്പൊ അവസാനമില്ലാത്ത ആകൃതിയോടെ എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തത് എന്ന് തന്നെയാണ് അനന്തരൂപം അതുകൊണ്ട് അനന്തരൂപം ത്വാം സർവതഹ അങ്ങയെ സർവതഹ എല്ലായിടത്തും അഹം പശിയാമി ഞാൻ കാണുന്നു അപ്പൊ അനേകം കൈകളോട് കൂടിയിട്ട് അനേകം വയറുകളോട് കൂടിയിട്ട് അനേകം മുഖങ്ങളോട് കൂടിയിട്ട് അങ്ങയെ ഞാൻ അവസാനമില്ലാത്തതായിട്ട് കാണുന്നു വിശ്വേശ്വര വിശ്വരൂപ എല്ലാറ്റിനും ഈശനായിട്ടുള്ള അല്ലയോ ഭഗവാനെ പുനഃ തവ ആദ്യം മദ്യം അന്തം പശ്യാമി ഞാൻ അങ്ങയുടെ ആദിയെയും ആരംഭത്തെയും മദ്യത്തെയും അവസാനത്തെയും ഞാൻ കാണുന്നുമില്ല തുടർന്നു കിരീടിനം ഗം ചേജോരാശിം പശ്യംക്ഷ്യം किरीडं गदिनं ചക്രിണം ചേജോരാശിം സർവത सर्वदह കിരീടിനം किरीडिनं। എന്ന് പറഞ്ഞാൽ കിരീടം ധരിച്ചിട്ടുള്ള ഭഗവാൻ ഭഗവാന്റെ പറയാ അർജുനൻ അങ്ങയുടെ കിരീടം ഞാൻ കാണുന്നു എന്ന് പറയാം അതുപോലെ ഗദിനം അങ്ങയുടെ ഗത ഭഗവാന്റെ ഗത അതുപോലെ ചക്രം ചക്രിണംച്ച ചക്രം ഉള്ളവനും തേജോരാശിയും തേജോരാശിയും തേജസ്സിന് ഇരിപ്പിടമാർന്ന തേജോരാശിയും സർവത ദീപ്തിമന്തം സർവത എല്ലായിടത്തും ദീപ്തിമന്ദം പ്രകാശ പ്രകാശിക്കുന്നവനായിട്ടുള്ള ദുർനിരീക്ഷ്യം എന്നാൽ നിരീക്ഷിക്കാൻ പറ്റാത്ത നിരീക്ഷണത്തിന് പ്രയാസമുള്ള അത്രയും പ്രകാശമയമാർന്ന അങ്ങയുടെ ഭാവം ദീപ്താനലാർക്കുതിയും ജ്വലിക്കുന്ന അഗ്നിയുടെയും സൂര്യൻ്റെയും പ്രഭ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന അപ്രമേയം എന്താ അളക്കാൻ സാധിക്കാത്തത് പ്രമാണം പ്രമേയമല്ല എന്നുള്ളത് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തതായിട്ടുള്ള ത്വാം അങ്ങയെ സമന്താത് അഹം പശിയാമി സമന്താത് എല്ലാ ദിക്കുകളിലും ഒരു ദിക്കൊഴിക ഒഴിയാതെ എല്ലായിടത്തും ഭഗവാനെ അങ്ങയെ ഞാൻ കാണുന്നു അപ്പൊ ഈ വിശ്വരൂപം വളരെ വ്യക്തമാണ് ഒരു പ്രത്യേക ഭാഗത്തല്ല ഞാൻ അങ്ങയെ കാണുന്നു ഞാൻ എവിടെ നോക്കുമ്പോഴും കാണുന്നത് അങ്ങയെ ഈ ഭാവത്തിലാണ് അർജുനൻ ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് ഇനി അർജുനൻ ഈ കാഴ്ചയിൽ നിന്ന് ഉൾക്കൊണ്ട് അർജുനന്റെ ഭയമൊക്കെ വരുന്നുണ്ട് നോക്കാം നമുക്ക് സനാതനസ്വം പുരുഷോ മതോമേ ഈ കാഴ്ചയില് അർജുനൻ അർജുനന്റെ ഒരു അഭിപ്രായത്തെ മതത്തെ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു പറയുന്നു ത്വം അക്ഷരം പരമം വേദിതവ്യം ം അസ വിശ്വസ്യ പരം നിധാനം ത്വം അവ്യയ ശാശ്വതധർമ്മഗോപ്ത സനാതന ത്വം പുരുഷ മത വേദിതവ്യം അങ് അറിയേണ്ടവനാണ് എന്ന് പറയാം അങ് അറിയേണ്ടവനാണ് വേദിതവ്യം ആരാണ് അങ് എങ്ങനെ അറിയണം അങ്ങേ പരമം അക്ഷരം പരമമായ പരബ്രഹ്മമാണ് നാശരഹിതമായിട്ടുള്ളവനാണ് അങ് അതുപോലെ ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം അങ്ങ് ഈ വിശ്വത്തിൻ്റെ പരമമായ ആശ്രയസ്ഥാനമാണ് അതുപോലെ ത്വം അവ്യയഹ അങ്ങ് നാശരഹിതനാണ് ശാശ്വത ധർമ്മഗോപ്ത നിത്യ ധർമ്മ സംരക്ഷകനാണ് അങ് ത്വം സനാതനഹ അങ്ങ് എന്നും ഉള്ളവനാണ് ത്വം പുരുഷ അങ്ങാണ് ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവ് ഇത് മേ ഇതെന്റെ അഭിപ്രായമാണ് തരക്കേടില്ല ഈ ഒരു അഭിപ്രായത്തിലേക്ക് ഈ ഒരു സത്യം അർജുനൻ വിശ്വരൂപത്തിലൂടെ മനസ്സിലാക്കും അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോക വിശ്വരൂപ ദർശനം ഒരുവന് എന്താണ് നൽകുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ഒരു രൂപം കണ്ടു അങ്ങനെയാണല്ലോ ഈ അല്ലെങ്കിൽ ശാസ്ത്രമൊന്നും വായിക്കാത്ത നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു മഹാഭാരതവും ഒരു രാമായണവും ഒരു ഭഗവത്ഗീതയും ഒരു ഖുറാനും ഒരു ബൈബിളും ഉപനിഷത്തും ഒക്കെ ഉണ്ട് അപ്പം ഉപനിഷത്ത് എന്താ എന്ന് ചോദിച്ചു അത് മനസ്സിലാവാത്ത എന്തോ ഒന്ന് ഉപനിഷത്തിനെ സംബന്ധിക്കുന്ന നമ്മുടെ നികണ്ടുവിലുള്ള അർത്ഥമാണത് അല്ലേ ഇത് സായിപ്പ് ഇവിടെ വന്നിട്ട് മതി എന്നതിന് ഇനിയും എന്ന് മോർ എന്നും എന്താ വ്യാഖ്യാനം എഴുതി വെച്ചു അതെന്തൊരു അബദ്ധാണെന്ന് നോക്കണേ അബദ്ധാണോ അദ്ദേഹത്തെ സംബന്ധിച്ചല്ല എന്നാണ് അദ്ദേഹം ഒരുപാട് മലയാളികളുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുക അപ്പൊ ഇങ്ങനെ ചോറ് കളമ്പുമ്പോ മതി മതി മതി മതി മതി മതി അപ്പൊ മതി മതി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇനിയും ഇനിയും അല്ലേ കറി തോരൻ ഇങ്ങനെയൊക്കെ ചപ്പാത്തി മതി മതി മതി അപ്പൊ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം മനസ്സിലാക്കി എന്താണ് വീണ്ടും വിശ്വരൂപ ദർശനം എന്താണ് ഒരുവന് പ്രധാനം ചെയ്യുന്നത് വിശ്വരൂപ ദർശനം അർജുനനെ എന്താണ് അർജുനൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതാ ഇവിടെ ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനൻ പറഞ്ഞത് ഇതാണ് അറിയേണ്ടതായി പരമമായ ബ്രഹ്മം എന്ന് പറയുന്ന അത് അങ്ങാണ് പിന്നെയോ ഈ വിശ്വത്തിൻ്റെ പരമമായ ആശ്രയമാണ് അങ്ങ് നാശരഹിതനായിട്ടുള്ള ധർമ്മ സംരക്ഷകനാണ് അങ് പുരുഷനാണ് അങ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാം ഇപ്പൊ വിശ്വരൂപ ദർശനം കൊണ്ട് നമുക്കും നമ്മൾ കിട്ട നമുക്ക് നേടേണ്ടത് എന്താണ് ഇത് തന്നെയാണോ എന്ന് പറയും ഈ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് അതല്ലെങ്കിലോ വിശ്വരൂപദർശനം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോ ചിലരൊക്കെ പറയും ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടുപോകുന്നു നല്ലതാ ഉറക്കത്തില് പലതും കാണുമല്ലോ ഉറക്കത്തില് അപ്പൊ കൂട്ടത്തില് ഇങ്ങനെയുള്ളതും ഈ ഗീതാ സംസ്കാര ഗീത കുറച്ച് കേൾക്കാൻ കേൾക്കാൻ ഇപ്പൊ വിശ്വരൂപദർശനമൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും ചിലപ്പോ ഇനി നാളെ ഇന്ന് രാത്രി പോയി കിടന്നു തുടങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ കാണാം അപ്പൊ അതെല്ലാം മനസ്സിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു സംസ്കാരത്തെ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിനനുസരിച്ച് മനസ്സ് തന്നെ ഒരു ലോകത്തെ ഉണ്ടാക്കി നമ്മളോട് അനുഭവിക്കാൻ പറയുന്നതാ അതൊന്നും വിശ്വരൂപമായിട്ട് എണ്ണിയേക്കരുത് ചിലർക്കങ്ങനെയാ ഈ രാത്രി ഈ ഉറക്കത്തിൽ രാത്രി ആവണമെന്നില്ല പകലും ഉറക്കത്തിൽ അവര് പല സ്വപ്നങ്ങളും കാണും സ്വാമിയെ കണ്ടു എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്ന ആയിക്കൊള്ളണം എന്നില്ല നിങ്ങൾ ചെകുത്താനെ കാണുന്നു സ്വാമിയെ കാണുന്നു നോക്കൂ ഒരു പോലെ അതെ സ്വപ്നാണ് രണ്ടും അതുകൊണ്ട് രാത്രി എന്ത് സ്വീറ്റ് ഡ്രീംസ് ഇല്ലേ അങ്ങനെ ഡ്രീമിന് സ്വീറ്റ് ഒന്നുമില്ല അപ്പം ഈ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്വരൂപ ദർശനം അർജുനന് എന്താണ് അർജുനന് പറയാൻ ഭഗവാന്റെ മുൻപില് ഭഗവാനോട് പറയാൻ അർജുനൻ ഒരുമ്പെട്ടത് അല്ലെങ്കിൽ ഏത് അഭിപ്രായത്തെയാണ് അർജുനൻ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിച്ചത് അത് ശ്രദ്ധേയമാണ് എന്ന് പറയാം വീണ്ടും തുടർന്നു അനാദിമനന്ത അനന്ത ശശി സൂര്യനേത്രം പശ്യാമിത് അനാദിമന്തം വീര്യം അനന്തബാഹും ശശി സൂര്യനേത്രം പശ്യമി ത്വാം ദീപ്തം ദീപ്തഹുതാശവക്രം ഇതം തപന്തം അനാദിമ്യാന്തം ആദിമ്യാന്തരഹിതനായിട്ടുള്ള തുടക്കവും ആരംഭവും മദ്യവും അവസാനവും ഇത് രഹിതമായിട്ടുള്ള അനന്തവീര്യം അവസാനമില്ലാത്ത പ്രഭാവത്തോടുകൂടിയിട്ടുള്ള അനന്തബാഹും അനവധി കൈകളുള്ള അനവധി സാധ്യതകൾ എന്ന് പറയും അനവധി കൈകളുള്ള ശശി സൂര്യനേത്രം ചന്ദ്രനും സൂര്യനും നേത്രങ്ങളായിട്ടുള്ള ദീപ്തഹുതാശ വക്രം ജ്വലിച്ച അഗ്നിയാകുന്ന മുഖത്തോടുകൂടിയിട്ടുള്ള സ്വതേജസ്വതേജസ് കൊണ്ട് അങ്ങയുടെ സ്വമഹിമ കൊണ്ട് തപന്തം തപന്തം എന്ന് പറഞ്ഞാൽ ഉജ്വലിക്കുന്ന അങ്ങനെ ഉജ്ജ്വലിക്കുന്ന അങ്ങയുടെ ത്വാം ഇതം വിശ്വം അങ്ങ് ഇതാ ഈ വിശ്വം മുഴുവനായിട്ട് പശ്യാമി വിശ്വമായിട്ട് ഇതം വിശ്വം അഹം പശ്യാമി ഇതാ ഈ വിശ്വം മുഴുവനായി ഞാൻ അങ്ങയെ കാണുന്നു അർജുൻ എന്താണ് ഇവിടെ കാണുന്നത് അതായത് വിശ്വം എന്ന് പറയുമ്പം ബാഹ്യലോകം വളരെ ശ്രദ്ധിക്കുക ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന യോഗത്തില് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട് വ്യാസഭഗവാൻ അർജുനിലൂടെ വിശ്വം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബാഹ്യലോകം ഈ കാണുന്ന ബാഹ്യലോകത്തില് അനന്തമായ കർമ്മ പദ്ധതികളെയാണ് അഗ്നി സൂചിപ്പിക്കുന്നത് സു അഗ്നി കർമ്മത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിരഗ്നി ന ച അഗ്നിയെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരുവൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല ഗീതയുടെ അഭിപ്രായത്തിൽ അഗ്നി കർമ്മമാണ് കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു അഗ്നി എന്ന് പറയാം അപ്പം അനന്തമായ കർമ്മങ്ങളോടുകൂടിയിട്ടുള്ള ഈ വിശ്വത്തിൽ അനേക കർമ്മ പദ്ധതികളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കർമ്മ പദ്ധതികളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നിലകൊള്ളുന്ന സൂര്യനും ചന്ദ്രനും ഈ വിശ്വത്തിലെ മുഴുവൻ ചലനങ്ങൾക്കും നിദാനമായി നിലകൊള്ളുന്ന ആ രണ്ട് ശക്തി സ്രോതസ്സുകൾ അതിനെയൊക്കെ കാണുകയാണ് ഇവിടെ അതൊരു വലിയ കാഴ്ചയാണ് അതെല്ലാം തന്നെ ഭഗവാന്റെ മുഖങ്ങളും കൈകളുമൊക്കെയായി കാണുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് കാഴ്ച അപ്പൊ ഈ ഒരു ഒരു നോവലില് എന്താ ഈ ഈ അദ്ദേഹത്തിൻ്റെ നോവലാണ് സി രാധാകൃഷ്ണൻ്റെ ഒരു നോവലുണ്ട് ആ പുള്ളിപ്പുളികളും വെള്ളി നക്ഷത്രങ്ങളും എന്നുള്ള നോവൽ അദ്ദേഹം നക്ഷത്രങ്ങളെ കാണുന്നത് ഈ ലളിതാ സഹസ്രനാമത്തിലെ ഒരു ശ്ലോ ഒരു ഒരു ശ്ലോകത്തെ ധരിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ദേവിയുടെ കഴുത്തിലെ മാലയായിട്ട് കാണുന്നത് ഒരു ഈ ഒരു സംസ്കാരം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതാണ് തോന്നുന്നത് ഓ ആ എന്താ പ്രകൃതി ശക്തിയുടെ ആ മാതാവിൻ്റെ ആഭരണമായിട്ട് നല്ല കല്ലുപതിച്ച നക്ഷത്രങ്ങൾ എന്ന് പറയും ഇത് അർജുന പിൽക്കാല അങ്ങനെ പിൽക്കാലത്ത് പല പല കാഴ്ചകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഓരോരുത്തർക്ക് ഈ റോട്ടിൽ നിന്ന് പലതും വീണു കിട്ടും അല്ലെങ്കിൽ റോട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുഴയിൽ നിന്നോ ഒക്കെ ചില സമയത്ത് ചില മരത്തിൻ്റെ ചില്ലികളൊക്കെ വളഞ്ഞ് പൊളഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഒരു രൂപത്തിൽ കാണുമ്പോൾ അവരതിൽ ഗണപതിയെ കാണും കണ്ടോ ഗണപതിയുടെ കൊമ്പ് കണ്ടോ ഗണപതിയുടെ തുമ്പിക്കെ കണ്ടല്ലേ ഗണപതിയുടെ വയർ കണ്ടോ ആ നന്നായിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവെക്കാം ചിലർ വേറെ എന്തെങ്കിലും കാണും ഇതെന്താ ഇത് കാണുന്നത് എന്നിട്ട് നമ്മളെയും കൂടെ അത് അങ്ങനെ കാണാൻ നമ്മളോട് പറഞ്ഞുതരും കണ്ടോ ഗണപതിയുടെ ഗണപതിയെപ്പോലെ ഇല്ലേ ആ അതെ ഗണപതിയെ പോലെ നമ്മുടെ മനസ്സ് ചിലർ പറയും എന്ത് ഗണപതി അതിലൊരു ഗണപതി ഇല്ല എന്ന് പറയും അവരെ സംബന്ധിച്ച് ഗണപതി ഇല്ല ശരിയാണ് അവരുടെ അവരുടെ ചിത്തത്തിൽ അത്തരത്തിലൊരു ഗണപതി ഇല്ല ചിലർക്ക് അത് ഗണപതിയൊന്നുമായിട്ട് കാണാൻ പറ്റില്ല അത് ഉണങ്ങിയൊരു ചൊല്ലി കമ്പ് തന്നെയാണ് അതിലൊരു പെരിയുണ്ട് പറഞ്ഞു സെൻ ഗുരു ശിഷ്യന്മാർക്ക് സ്വാമി പറഞ്ഞോ എന്നറിയില്ല ഏതായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോളൂ എല്ലാവർക്കും പേപ്പർ കൊടുത്തു പേപ്പറുമൊക്കെ കൊടുത്തിട്ടാണ് പറയുന്നത് ചിത്രം വരയ്ക്കാൻ പക്ഷേ പേപ്പറിലൊന്നും കാണാൻ പാടില്ല അവരുടെ പഠിപ്പിക്കലിൻ്റെ രീതി അങ്ങനെയാണ് കുറേ പേരിങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പോൾ ചെയ്യാം ഏതായാലും മേടിച്ചു കൊണ്ടുപോയി അപ്പോൾ ഓരോരുത്തരും പല ചിത്രവും വരച്ചു ഒരാൾ ആശയം കൊടുത്തു പശു പുല്ലുമേയുന്നത് ആശയമാണ് ഒന്ന് രണ്ട് കുറേ ശിഷ്യന്മാർ നന്നായിട്ട് പശുവിനെ വരച്ചു പശു ഇങ്ങനെ പുല്ല് തിന്നണത് ഒരു പശുവിൻ്റെ കുറ്റി ആ കുറ്റിയിൽ കൊണ്ടുപോയിട്ട് കയർ കെട്ടിയിട്ട് പശു അങ്ങനെ അവിടെ തിന്നുന്നു ആ സമീപത്ത് ചെറിയൊരു ഓല ചെറിയ വഴി ഒരു കുട്ടി അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പല ചിത്രങ്ങളും എല്ലാം ഗുരു എടുത്ത് വലിച്ചെറിഞ്ഞു അവസാനൊരു ചിത്രം ഒരു ഒരു പടം നോക്കി നോക്കിയപ്പോൾ അതിൽ ഒന്നുമില്ല ഒരു വസ്തുവുമില്ല അവനോട് ചോദിച്ചു എവിടെ ഇതിൽ പുല്ലെവിടെ പുല്ലും മുഴുവൻ പശു തിന്നു എവിടെ പശു പശു പോയി ഗുഡ് പശു പുല്ല് മുഴുവൻ തിന്ന് പശു പോയി പിന്നെ പശുവിനെ എവിടെ കാണും പക്ഷെ അവനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുവനുണ്ടായിരുന്നു ആ പേജിന്റെ ഒരു കോർണറിലൊരു വാല് വരച്ചു വെച്ചു ഇതെന്താന്ന് ചോദിച്ചു പശു മുഴുവൻ പുല്ല് തിന്ന് കഴിഞ്ഞിട്ട് പോയതാ അവന് കുറച്ചുകൂടെ ഒന്ന് ശരിയാവാനുണ്ട് ആ വാല് പോയി കിട്ടാനുണ്ട് ഇതൊരു രീതിയാണ് കാഴ്ചപ്പാടാണ് അത് ചിലരെ സംബന്ധിച്ച് പുല്ലും പശുവും ഇതെല്ലാം വേണം എന്നാലേ കാഴ്ച എന്താവുന്നുള്ളൂ പൂർണ്ണമാകുന്നുള്ളൂ ഒരു ആധുനിക ചിത്രകാരൻ ആധുനിക ചിത്രകാരൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ചിത്രങ്ങൾ അയക്കുന്ന കൂട്ടത്തില് അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന് ഒന്നാം സമ്മാനം കിട്ടി അദ്ദേഹത്തിന് അത്ഭുതം വന്നു ഇതെങ്ങനെ ഈ ചിത്രം ഞാൻ പിന്നെയാണ് ആള് മനസ്സിലായത് പെയിന്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഒന്ന് ട്രയല് നോക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ വരയ്ക്കും ആദ്യമൊന്നും ബ്രഷൊന്ന് ക്ലിയർ ആവാൻ നോക്കുന്ന സമയത്ത് അതിനാണ് സമ്മാനം കിട്ടിയത് പല കളറും ഉണ്ട് അപ്പൊ ഇദ്ദേഹം കാണാത്തതൊക്കെ ആളുകൾ കാണുകയാണ് ചിത്രത്തിൽ അല്ലേ നിങ്ങൾ കണ്ടുണ്ടോ ഈ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ചിലർ വല്ലാതെ അങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കും ഒരു ജനതയുടെ മുഴുവൻ പീഡനങ്ങളും എന്തൊക്കെ നമ്മളതിൽ കാണുന്നു ഇവിടെ ഇവനോട് വിശ്വരൂപം പറഞ്ഞാലുണ്ടല്ലോ പോട്ടത്തരെന്നാ പറയാ നമുക്ക് അത്ഭുതം ഈ ബുദ്ധിജീവികളുടെ കാര്യത്തിലാണ് അവരിങ്ങനെ ഒരു താടിയൊക്കെ നീട്ടി വീടിയൊക്കെ വലിച്ചിങ്ങനെ മണിക്കൂർ കണക്കിനിങ്ങനെ ചെലവഴിക്കുന്നുല്ലോ മണിക്കൂർ കണക്കിന് ആ ചിത്രത്തെക്കുറിച്ച് അവരങ്ങനെ പറയും കണ്ടോ അതിൽ ആ ജനതയുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം കണ്ടോ നീ അതാഹോ അങ്ങനെ നിറത്തിൽ ഓരോ നിറങ്ങൾക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നീല നിറം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചുകപ്പ് ഉപയോഗിച്ചത് എന്തുകൊണ്ട് കറുപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ട് ചിത്രകാരൻ കൂടുതൽ കറുപ്പ് ഉപയോഗിച്ചു എന്തുകൊണ്ട് ചുകപ്പ് ഉപയോഗിച്ചു എന്തുകൊണ്ട് അദ്ദേഹം വൃത്തങ്ങൾ ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹം ത്രികോണങ്ങൾ ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ സ്വാമി വിശ്വരൂപത്തിന്റെ രഹസ്യം പറഞ്ഞു തരിക കാണാൻ എന്തിനാ ഒരു ഒരു വട്ടം ഒരു ജസ്റ്റ് ഒരു വട്ടം എന്നിട്ട് ഒരു രണ്ട് പിന്നെ ഇവിടുന്ന് ഒരു ഒരാളായി ഇല്ലേ ഇതൊരാളാണോ അല്ല മജയും മാംസവും തൊക്കും എല്ലാം കൊടുക്കുന്നതാര നമ്മള ചെറിയ കുട്ടി അതങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇല്ലേ പൂച്ചയെ വരയ്ക്കുമ്പം കോഴിയെ വരയ്ക്കുമ്പം ആനയെ വരയ്ക്കുമ്പം ഒക്കെ നമ്മൾ ആ ആന നന്നായിട്ടുണ്ട് നമ്മൾ കാണുകയാണ് മുഴുവനായിട്ട് നാം എന്ത് ചെയ്യുന്നു അതിൽ നമ്മൾ ഭാവന ചെയ്യുന്നു ആ ഭാവന ചെയ്യാൻ പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് അർജുനൻ കാണുന്നു എന്താ കാണുന്നത് ഈ ബാഹ്യലോകത്തെ ഈ വിശ്വത്തെ അതിൻ്റെ അനന്തമായ കർമ്മപദ്ധതികളെയും ആ കർമ്മപദ്ധതികൾക്ക് മുഴുവൻ നിദാനമായിട്ടുള്ള സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ എന്താ ഭഗവാന്റെ മുഖങ്ങളും കൈകളുമൊക്കെയായിട്ട് അർജുനൻ കാണുന്നു എല്ലാ സാധ്യതകളെയും അർജുനൻ കാണുന്നത് അങ്ങനെയാണ് സ്വതേജസ് ആ തപന്തം ത്വാം ഇതം വിശ്വം അഹം പശ്യാമി സ്വന്തം തേജസ്സുകൊണ്ട് ഉജ്ജ്വലിക്കുന്നതായിട്ടുള്ള അങ്ങയെ ഈ വിശ്വമായി ഞാൻ കാണുന്നു ഈ വിശ്വ ഈ വിശ്വത്തിലെ ആ ശക്തിസ്പന്ദന അത് ഞാൻ കാണുന്നു ഭഗവൻ പൃഥിോരിന്തരം ഹി വ്യാത്തും ത്വൈക്കന ദിശ്ച സർവാ ദൃഷ്ടം ൂപമുഗ്രം തേദം ലോകം പ്രവ്യതം മഹാത്മൻ ൃഥിവ്യോ ഇതം അന്തരം ഹി വ്യക്തം ത്വ എക്കിശാ ച സർവാഹ ദൃഷ ദൃഷ്ട്വാുദം റൂപം ഉഗ്രം തവേദം തവ ഇദം ലോകത്രയം പ്രവ്യദം മഹാത്മൻ ഹേ മഹാത്മൻ ഹേ മഹാത്മൻ അല്ലയോ മഹാത്മാവേ ഭഗവാനേ ദിവ്യ പൃഥിവ്യോ പൃഥിവ്യോ ദ് ആകാശം പ്രതിവി ഭൂമി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇതം അന്തരം ഈ ഇട മധ്യഭാഗം അതായത് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇട എന്ന് പറയുമ്പോ ഭൂമിയിൽ നിന്ന് തന്നെ വേറിട്ട് കഴിഞ്ഞു ആള് പറയാം ത്വയാ ഏകേന വ്യാപ്തം ഹി ത്വ അങ്ങയാൽ ഏകേന എന്ന് പറഞ്ഞാൽ മാത്രമായിട്ട് വ്യാപ്തം ഹി വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇട അങ്ങയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അങ്ങാണ് ഇതിനെ കോർത്തിരിക്കുന്നത് എന്ന് പറയാം ഭൂമിയെയും സർവാദിശഹാച്ച അതുപോലെ തന്നെ എല്ലാ ദിക്കുകളും വ്യാപ്തം അങ്ങ് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അത്ഭുതം ഉഗ്രം തവ ഇതം രൂപം അങ്ങയുടെ അത്ഭുതമാർന്ന ഉഗ്രം ഉഗ്രം എന്ന് പറഞ്ഞാൽ ഭയാവഹമായ തവ ഇതം രൂപം അങ്ങയുടെ ഈ രൂപത്തെ ദൃഷ്ടുവ ഞാൻ കണ്ടിട്ട് ലോകത്രയം പ്രവ്യതിതം ഇതാ മൂന്ന് ലോകവും ഭയപ്പെട്ട് വിറയ്ക്കുന്നു ഒപ്പം ഞാനും ഭഗവാനെ ഞാനിത് എനിക്ക് പേടിയാവുന്നു എന്ന് പറയാം എന്തിനാങ്ങനെ പേടിക്കുന്നത് അത് ആനന്ദത്തിൻ്റെ ഒരു സുനാമിയാണ് അർജുനിലേക്ക് വന്നത് അത് തവണയായിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്കൊക്കെ ആനന്ദം ഗഡുക്കളായിട്ടാണ് കിട്ടാറ് ഗഡുക്കളായിട്ട് കിട്ടുമ്പം കുഴപ്പമില്ല എന്ന് പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു തമാശ ഒരിക്കൽ ഒരാൾ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുമായിരുന്നു അയാൾക്ക് അയാൾ ഈ ടിക്കറ്റ് ഭാര്യയാണ് ഏൽപ്പിക്കാറ് നീ നോ നീ നോക്കണമെന്ന് പറയും അങ്ങനെ ഒരു ക്രിസ്മസ് ബമ്പർ അദ്ദേഹത്തിന് അടിച്ചു പത്ത് ലക്ഷവും ഒരു മാരുതി കാറും ഭാര്യയ്ക്ക് നല്ല ഒരു എന്താ പറയുക ഒരു കരുത്തൊക്കെ ഉണ്ട് കുറച്ച് ഉറപ്പുണ്ട് അവർക്ക് അപ്പം അവർക്ക് അവരൊന്നുകൂടെ നോക്കിയത് ശരി തന്നെയാണോ അവരന്വേഷിച്ചു ഈ നമ്പറിനാണോ അപ്പം അത്രത്തിൽ ചിലപ്പോൾ നമ്പറൊക്കെ ചില്ലറ എന്താ പിശകമൊക്കെ വരാമല്ലോ പിറ്റേ ദിവസം തിരുത്ത് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേക്കത്താണ് ലോട്ടറി ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പം സംഗതി ശരിയാണ് അതിനു മുമ്പേ ലോട്ടറി ഏജന്റ് വീട്ടിലെത്തുകയും ചെയ്തു ഇനിയിപ്പോ ഭർത്താവ് വരണം അവർക്ക് പേടിയാവാൻ തുടങ്ങി ഇദ്ദേഹം അറിഞ്ഞാൽ തട്ടിപ്പോകുന്ന കാരണം അദ്ദേഹത്തിന് സന്തോഷം സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ആലോചിച്ചു എന്താ ചെയ്യാം നല്ല എന്താ വിശ്വാസിയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം അവിടുത്തെ അവർ പോകാറുള്ള ഇടവകയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കെൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടാൻ പാടില്ല അപ്പം അച്ചം പറഞ്ഞു വിഷമമില്ല വിഷമിക്കണ്ട ഞാൻ കൈകാര്യം ചെയ്യാം അങ്ങ് എങ്ങനെ കൈകാര്യം ചെയ്യും ഞാൻ അവന് ആനന്ദത്തെ തവണകളായിട്ട് കൊടുക്കാം അതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം വീട്ടിലെത്തി ആൾ എന്താ ആച്ച പതിവില്ലാതെ അച്ചോ ഇവിടെ ഞാൻ ഒന്നുമില്ല ക്രിസ്മസ്സൊക്കെ അല്ലേ ഞാനിങ്ങനെ നടക്ക എല്ലാവരെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി അച്ഛൻ വന്നിട്ട് കുറേ നേരമായില്ലേ കുറച്ച് നേരമായിട്ടേ ഉള്ളൂ വെറുതെ ഒന്നതാണ് വരും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്നുപോയി എന്തൊക്കെയാണ് വിശേഷം അപ്പൊ അച്ഛൻ വെറുതെ ഒന്നും ഒരു ടിക്കറ്റൊക്കെ എടുത്ത് മോളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു ഓ അച്ഛൻ ടിക്കറ്റ് എടുക്കാറുണ്ടോ ഇല്ല പള്ളിക്ക് ഇങ്ങനെ തന്നതാണ് വെറുതെ ഒന്ന് നോക്കുകയാണ് ആ ഞാനും എടുക്കാറുണ്ട് അച്ഛോ കിട്ടാറൊന്നുമില്ല ഞാനും ഈ ക്രിസ്മസിൻ്റെതൊക്കെ എടുത്തിട്ടുണ്ട് ശരി ഇരിക്കട്ടെ എന്നിനൊക്കെ കിട്ടിയാറുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്നോട് ഒരു ഒരു രണ്ട് ലക്ഷം കിട്ടി നിൽക്കട്ടെ അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം കിട്ടി നീ എന്ത് നീ എന്ത് എങ്ങനെ നിനക്ക് അയ്യോ അച്ഛ മൂന്ന് ലക്ഷം കിട്ടിയാൽ ഞാൻ രണ്ട് ലക്ഷം പള്ളിക്ക് തരും അച്ഛൻ ഹാർട്ട് അറ്റാക്കായി ഇത് കിട്ടിയത് പത്ത് ലക്ഷവും ആരുതിയാണ് അത് തന്നെ താങ്ങാവുന്നതിലപ്പുറം അർജുനനെ സംബന്ധിച്ച് താങ്ങാവുന്നതിലപ്പുറമാണ് ആനന്ദം താങ്ങാവുന്നതിലപ്പുറമായി കഴിഞ്ഞാൽ ഭയത്തെ ഉണ്ടാക്കും സംസ്കാരം ഇല്ലെങ്കിലും അതുകൊണ്ട് നമുക്ക് ഇത് കുട്ടികൾ കുറേ കുട്ടികളില്ല അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ കുട്ടികൾ എന്താ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞു പ്രസവിച്ചപ്പം ഒരാൺകുട്ടി ഒരു പെൺകുട്ടി പോരെ ആനന്ദം എത്ര പിന്നെ പേടിയാ വന്നു തുടങ്ങും എൻ്റെ ഈശ്വര കുട്ടികൾക്ക് ആയുസ് ഉണ്ടാവൂ ആയുസ് ഉണ്ടാവൂ ആയുസ് കൊടുക്കൂ ഇല്ലേ ഞാൻ എനിക്ക് സന്തോഷിക്കാൻ ഒരു പേടിയാണ് കാരണം ഒരു ഉണ്ണി ഉണ്ടാവണേന്നാണ് പ്രാർത്ഥിച്ചത് നോക്കുമ്പോ അപ്പൊ രണ്ടു ഉണ്ണിയായി ആ ഉണ്ണിയോ ഒന്ന് ഉണ്ണി ഒന്ന് ഉണ്ണനും അല്ലേ ഒരു ഭയമാണ് പെട്ടെന്ന് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടിയപ്പം ഇത് ചെറിയൊരു കാര്യമാണ് ഒരട്ടി നോട്ട് ഒരായിരത്തിൻ്റെ ഒരു ബണ്ടല് നോട്ട് വീണ് കണ്ടുകഴിഞ്ഞാൽ ഒരു ഭയമല്ലേ ഉണ്ടാവുക ഇല്ലേ ഒരുപാട് ആദ്യം ശമ്പളം തന്നെ ഒരുപാട് ശമ്പളം കിട്ടും ഒരു ഇരുപത്തയ്യായിരം രൂപ ആദ്യത്തെ സാലറി ഓഫ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചിലപ്പം ബിസിനസ് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരുപാട് ലാഭം കിട്ടുന്ന സമയത്ത് ഒരു ഭയമാണ് താങ്ങാൻ പറ്റില്ല എന്ന് പറയും അതുകൊണ്ടാ പറഞ്ഞത് ആനന്ദത്തിന്റെ ഒരു സുനാമിയാണ് അർജുനനിലേക്ക് അട്ടിച്ചു കയറിയത് അർജുനന് താങ്ങാവുന്നതിന്റെ അപ്പുറത്തായിരുന്നു അതുകൊണ്ട് അർജുനൻ പറയുന്നു എന്താണ് ഹോ ഭഗവന് എനിക്ക് ഭയം എനിക്ക് ഭയം ജനിക്കുന്നു അതുകൊണ്ട് എനിക്ക് താങ്ങാവുന്നതല്ല ഇത് തുടർന്ന് महर्षि घा पुष्क अमी वाम सुरसंघा विशं के भेदा स्वस्ति गृह उत्वा महर्षि सिद्धसंघा स्तुवि पुष्क അമി സുരസംഗാഹ അമി എന്ന് പറഞ്ഞാൽ ഇ സംസ്കൃതത്തിലെ ഒരു പ്രയോഗമാണ് അമി എന്നുള്ളത് ഈ സുരസംഘാഹ ദേവ സമൂഹങ്ങൾ ഈ അമി അയം അമി എന്നുള്ളത് വേണോ സംസ്കൃതത്തിൽ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് ഈ തൃപ്പൂണിത്തറയിൽ ഏഴു മാസം ചർച്ച നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടത് വളരെ പണ്ട് ചിലതൊക്കെ വേണോ വേണ്ടേ എന്നുള്ളത് നിശ്ചയിക്കുള്ളൂ അപ്പം സംസ്കൃതത്തിൽ അമി എന്നത് അവസാനം ആരോ പറഞ്ഞു ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു അമി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അമി വേണം അമി എന്ന് പറഞ്ഞാൽ ഈ അയം എന്നൊക്കെ പറയുള്ളൂ ഇത് സുരസംഗാഹ ഈ ദേവസമൂഹങ്ങൾ ത്വാം വിശന്തി ത്വാം അങ്ങയെ വിശന്തി പ്രവേശിക്കുന്നു ദേവസമൂഹങ്ങളെല്ലാം തന്നെ പ്രവേശിക്കുന്നത് അങ്ങയിലേക്കാണ് അങ്ങയെ സമീപിക്കുന്നു അവർ കേജിത് ഭീതാഹ കേജിത് ചിലർ ഭീതാഹ ഭയചികിതരായി പ്രാഞ്ജലയഹ കൂപ്പുകൈകളോടുകൂടിയിട്ട് ഗണന്തി പ്രാർത്ഥിക്കുന്നു അർജുനൻ കാണുകയാണ് ലോകത്തെ ചിലരൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഭയപ്പെട്ടിട്ടാണ് പേടിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ചെയ്യും എന്നിട്ട് പേടിച്ചിട്ട് വന്നിട്ട് ഭഗവാനെ ഒക്കെ പൊറുക്കണേയും ഞാൻ അങ്ങേക്ക് വേണ്ടത് അങ്ങേക്ക് തന്നേക്കാം എന്നെ ഒന്ന് സഹായിക്കാം ഭയം കൊണ്ട് ഭയചിഖിതരായി ചിലർ അങ്ങയെ സമീപിക്കുന്നു പിന്നെയോ മഹർഷി സിദ്ധസംഗാഹ മഹർഷിമാരും സിദ്ധന്മാരും ചേർന്നുള്ള അവരുടെ കൂട്ടം സ്തുതി അങ്ങയെ സ്വസ്തി മന്ത്രങ്ങളെ കൊണ്ടൊക്കെ സ്തുതിക്കുന്നു അവരങ്ങനെ സ്തുതിക്കണം ഭഗവാനെ അങ് അങ്ങനെയാണ് ഹേമനാണ് അതാണ് ഇതാണ് എന്നറിയാം എന്നെയോ ഉക്ത്വ ഇങ്ങനെ സ്തുതിവചനങ്ങളെ പറഞ്ഞിട്ട് പുഷ്കലാഭിഹി ശബ്ദാർത്ഥ പുഷ്ടിയുള്ള സ്തുതി സ്തുതിബിഹി സ്തുതികളെ കൊണ്ട് ത്വാം സ്തുവന്തി അങ്ങയെ സ്തുതിക്കുന്നു അങ്ങ് അവര് ഗംഭീരങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളെയൊക്കെ ചമയ്ക്കുന്നു എന്ന് പറയാം അങ്ങേയെ സ്തുതിക്കുന്നു ഈ രാജാക്കന്മാർക്കൊക്കെ സ്തുതിപാഠകന്മാരുണ്ടല്ലോ അല്ലേ രാജാവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരു രാജാവിനെ ഇങ്ങനെ സ്തുതിക്കുകയായിരുന്നു ആ ഭാഗവതത്തിലുണ്ട് അപ്പൊ സ്തുതി കേട്ടിട്ട് രാജാവിന് തന്നെ ബോറടിക്കാൻ തുടങ്ങി കാരണം അങ്ങ് ഈശ്വരനേക്കാൾ കേമനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ രാജാവിന് വല്ലാത്തൊരു വിഷമം ചിലപ്പോ നമ്മളെയും ചിലർ അങ്ങോട്ട് വല്ലാതെ സ്തുതിച്ച് അങ്ങോട്ട് കൊന്നു കളയും അപ്പൊ നമുക്കിങ്ങനെ എന്താ പറയാ ഓക്കാനിക്കാൻ വരും ഇങ്ങനെ പറയാനും പറ്റില്ല ഒന്ന് നിർത്തൂ എന്ന് പിന്നെ സ്തുതിച്ചു കഴിഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിംഗാ തിരിച്ചും സ്തുതിക്കണം എന്നുള്ളത് അത് ഈ വേദിയിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് ഞാൻ നിങ്ങളെ പുകഴ്ത്തും നിങ്ങളെ എന്നെയും പുകഴ്ത്തണം എന്ന് അത് പറയാതെ ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ രാജാവ് രാജാവിനോട് ഇങ്ങനെ രാജാവിനെ സ്തുതിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ രാജാവ് കുറച്ച് വിവരമുള്ള ആളാണ് രാജാവ് മന്ത്രിയോട് ചോദിച്ചു ഇതൊക്കെ ശരി തന്നെയാണോ ഞാൻ ഈശ്വരനേക്കാൾ മുകളിലാണോ ഞാൻ അപ്പം ആള് പറഞ്ഞു പിന്നെ എന്താ സംശയം മഹാരാജൻ അങ്ങ് തന്നെ ഈശ്വരനേക്കാൾ മുകളിലാന്ന് ഒരു സംശയവും വേണ്ട ഞങ്ങളെ ഈശ്വരനേക്കാൾ മുകളിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാരണം ഇവർക്ക് അല്ലെങ്കിൽ എന്താ പറയുക എല്ലാം പോകും ഈശ്വരന് ഏതായാലും ഇവർക്ക് നേരിട്ടൊന്നും കൊടുക്കുന്നില്ല രാജാവിലൂടെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ രാജാവ് അവിടെയുള്ള എന്താ നമ്മുടെ ബീർബലിനെ പോലുള്ള മന്ത്രിയോട് ചോദിച്ചു ശരിയാണോ അങ്ങ് പറയും അപ്പൊ അവസാന വാക്ക് പറയേണ്ട ആളാണ് അദ്ദേഹം പറഞ്ഞു ശരിയാണ് രാജെന്ന് അങ്ങ് ഈശ്വരനേക്കാൾ മുകളിലാണ് എന്ന് പറയാം അപ്പോൾ ചോദിച്ചാൽ എന്തുകൊണ്ട ഈശ്വരനേക്കാൾ അങ്ങ് മുകളിലായിരിക്കുന്നത് അതെ ഈശ്വരന് ഈ രാജ്യത്ത് നിന്ന് ഒരാളെ പുറത്താക്കാൻ പറ്റില്ല അങ്ങേക്ക് വേണമെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കാം രാജാവിനുള്ള നിന്ദാസ്തുതി എന്ന് പറയും അതായത് എന്തുകൊണ്ടെന്നാൽ ഈ ഇവിടെ അർജുനൻ പറയുന്ന ഈശ്വരൻ ഒരാളെ എവിടുന്നെങ്കിലും പുറത്താക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല കാരണം ഈശ് ഒരാൾക്ക് ഒരാളെ പുറത്താക്കണമെങ്കിൽ അയാളുടെ സാമ്രാജ്യത്തിൽ നിന്ന് വേറൊരിടത്തേക്കായിരിക്കണം അല്ലെ നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ പുറത്താക്കില്ലേ പക്ഷേ നമുക്ക് കുട്ടികളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അയാൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കുട്ടി അടുത്ത വീട്ടിൽ പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ അവിടുന്ന് അവനെ പുറത്താക്കണം എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടോ അയാളോട് പറ അയാൾ തിരിച്ച് നമ്മളോട് പറയും ഇവിടെ എൻ്റെ വീട്ടിൽ പലരും വരും കടന്നുറങ്ങും നിങ്ങളാരന്വേഷിക്കാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാര്യം നോക്കിയാൽ മതിയെന്ന് പറയില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതുകൊണ്ട് ഈ വിശ്വം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ് അങ്ങയുടെ രാജ്യം വളരെ പരിമിതമാണ് ഈ നിലയ്ക്ക് നോക്കുമ്പോൾ അങ്ങ് കേമനാണെന്ന് പറയാം അപ്പോൾ ഇവിടെ അർജുനൻ എന്താണ് അങ്ങാണ് ഈ വിശ്വമായിട്ട് മുഴുവൻ അതുകൊണ്ട് അങ്ങേക്ക് ആരും പുറത്താക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് പുറത്താക്കും പുറത്താക്കുന്ന ഇടം അദ്ദേഹം ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഇതല്ലാത്ത ഒരു സ്ഥലമായിരിക്കണം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാലോ അങ്ങനെ ഒരു സ്ഥലമില്ല അതുകൊണ്ട് അങ്ങേ ആളുകൾ എന്ത് ചെയ്യുന്നു സ്തുതിക്കുന്നു വലിയ വലിയ സ്തോത്രങ്ങളെ കൊണ്ടൊക്കെ അങ്ങയെ പുഷ്കലാഭി ശബ്ദ പുഷ് എന്താ ശബ്ദാർത്ഥ പുഷ്ടിയുള്ള സ്തോത്രങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടുമൊക്കെ ഈ ഋഷിമാരും സിദ്ധന്മാരും ഒക്കെ അങ്ങേ സ്തുതിക്കുന്നു മാത്രമല്ല േ സാധ്യേനോ മരുതോഷ്മ ഗന്ധുരസിദ്ധസാ വീക്ഷേ രുദ്രാദി വസവ സാധ്യ വിശ്വേ അശ്വിനൗ മരുദ ഊഷ്മ ഗന്ധർവ ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാ വീക്ഷന് തേത്വാം വിസ്മിത ചേവ സർവേ പറയുന്നു രുദ്രാദിത്യാ രുദ്രന്മാരും ആദിത്യന്മാരും നമ്മൾ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് ആദിത്യന്മാരും രുദ്രൻ ഏകാദശ രുദ്രന്മാരെ കുറിച്ചൊക്കെ രുദ്രന്മാരെയും ആദിത്യന്മാരും അതുപോലെ വസവ സാധ്യാഹ വസവ എന്ന് പറഞ്ഞ വസുക്കള് സാധ്യ സാധ്യന്മാര് അതുപോലെ വിശ്വേ അശ്വിനോ വിശ്വ വിശ്വദേവന്മാരും അശ്വിനീ ദേവന്മാരും മരുത മരുത്തുക്കളും ഊഷ്മപാഹ ച ഊഷ്മപാഹ എന്ന് പറഞ്ഞ പിതൃക്കൾ അതുപോലെ ഗന്ധർവയക്ഷ സുരസിദ്ധ സംഘാഹ ഗന്ധർവന്മാര് യക്ഷന്മാര് സുരസിദ്ധ സംഘങ്ങള് ഇവരൊക്കെ ഏ ആരൊക്കെയുണ്ടോ തേ സർവ ചേവ അവരെല്ലാവരും തന്നെ വിസ്മിതാഹ വിസ്മയരായിട്ട് ാംം വീക്ഷന് അങ്ങയെ വീക്ഷിക്കുന്നു ഇവരെല്ലാം തന്നെ അങ്ങയെ വീക്ഷിക്കുന്നത് വളരെ അത്ഭുതത്തോടുകൂടിയിട്ടാണോ എന്ന് പറയാം തുടർന്ന് രൂപം മഹത്തെ മഹാബാഹോ ബഹുബാഹുരുപാദം ബഹുദരം ബഹുദംരാളം ദൃഷ്ടാലോകം രൂപം മഹത്തെ ബഹുവക്ത്ര നേത്രം മഹാബാഹോ ബാഹു ബാഹുരുപാതം ബഹൂധരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ടോക പ്രവ്യതാ തല്ലയോ ഭഗവാനേ മഹാബാഹു അനേകം കൈകളുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ബഹുവക്ത്ര നേത്രം മുൻപ് പറഞ്ഞിട്ടുള്ള ആശയം തന്നെയാണ് അനേകം മുഖങ്ങളും അതുപോലെ നേത്രം കണ്ണുകളും ബഹുബാഹൂരുപാദം അനേകം കൈകളും തുടകളും ഉള്ള ബഹുതരം അസംഖ്യം വയറുകൾ അതുപോലെ ബഹുദംഷ്ട്രാകരാളം അനവധി ദംഷ്ട്രകൾ പല്ലുകൾ തേ മഹദ്രൂപം ദൃഷ്ട അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് ലോകാഹ ലോകങ്ങൾ പ്രവ്യതിദാഹ ഭയപ്പെട്ടിരിക്കണോ അങ്ങയുടെ ഉഗ്രമായ രൂപം കണ്ടിട്ട് ഭയപ്പെട്ടിരിക്കും അഹം തഥായവ ഞാനും അപ്രകാരം തന്നെ